പിന്നെയാണ് ഈ കാണില്ല അമ്മാവിനോടൊപ്പം അവർ ഒന്നിനെയും വിൽക്കാക്കുന്നില്ല ഒന്നിക്കുമ്പോൾ ഒരു ശൈലം അവരെയും അങ്ങോട്ട് തിരിച്ചും വിൽക്കാക്കൂടാ അബക്ക ചോദിച്ചു ആരോട് അബക്ര ചോദ്യം അപഭക്ര സിബിദി ആരാൾ ശേഷം അല്ലേൽ ശേഷം അല്ലേ അല്ലാബുദിൻ അനുദിദിന ശിശുനല്ലേ ശിശുനോ അ അല്ല രീതി അതിനൊരു ജൂലൈ ജൂലൈ ഡിസിഷനാണ് അമൂബക്കര ശിബി പോരാട്ടം മാറുമെന്ന് ചോദിച്ചു പ്രതീക്ഷിക്കാൻ മതിയാണ് വിഷയത്തിൽ ഔട്ടകുണ്ടായ കൊടുക്കണോ നമുക്കറിയാം കാടിന് കൊടുക്കണോ അമൽവാദിപ്പ് നിങ്ങൾ വാജിപാ ചോദിക്കുന്ന പശ്ചാത്തലം പൊരാത്തിനെ കുറിച്ച് നമ്മളെ പറഞ്ഞാൽ ചോദിക്കുന്നുണ്ടാക്കി ചോദിക്കുന്ന വിശ്വാസമാണ് ഞാൻ ചോദിച്ചില്ല അതെന്താണ് ഞാൻ മുന്നിട്ട് എന്തെങ്കിലും വിശ്വാസിച്ചത് ഒരു ചർച്ച നടന്നുവരും മൂലക്കന്മാരോ ഹോസ്പിറ്റാണോ അല്ലെന്ന ചിലർ തന്നെ അവർ സൂക്ഷിക്കുന്നത് രാജാവ് വന്നത് അത് തെളിവുട്ടാണ് ഞാൻ സമ്മതിക്കൂല അതിനൊരു കാര്യം ചെയ്ത് പത്തായിരം ദിവസം കേക്കാറത്തേക്ക് വള കൊടുക്കാൻ ആദ്യം മുലക്കം വഴച്ചു പോകാൻ മുലക്കം വഴച്ചു പോയിട്ട് നിങ്ങളിൽ ഇനി ഏറ്റവും നല്ല ആരാണോ യോഗ്യനായ ആളാരാണോ ആർക്ക് കൊടുക്കാൻ വേണ്ടി രാജാവ് കൊടുക്കാച്ചാണ് അവരാളെ പറഞ്ഞത് ഞാൻ തന്നെ ഞാൻ തന്നെ ഞാൻ തന്നെ എനിക്കത് എനിക്കില്ല എനിക്കത് നിങ്ങൾ എല്ലാവരും കൂടെ കഴിഞ്ഞിട്ടേ കൊടുക്കാമെന്ന് ഈദിപ്പോൾ അനീതി പൈസയും സൂപ്പിയത്ത് പറയാനോ സൂപ്പിയാക്കാനത്ത് പോയപ്പോ പറഞ്ഞ പോലും അടിക്ക് അന്നൊക്കെ ഉണ്ട് ഇച്ചിരി മതി അന്നെ കണ കഷ്ടപ്പെട വേറൊരാളെ ഓർക്ക് കൊടുക്കുന്നു ആടെ കുഴപ്പം വന്നാലും മച്ചാ കൊടുക്കുന്നു മറ്റേ കൊടുക്കുന്നു മച്ചയാ കൊടുക്കുന്നു അത് ആൾക്ക് കൊടുത്താൽ ഞാൻ വണങ്ങി വന്നു പറയും വള്ളം കൊടുത്ത് ഈ സിനിമ പറഞ്ഞു മുന്നസിലാക്കീസർ നമ്മൾ അപകാര സ്വഭാവത്തിന് ചോദിയിട്ടുണ്ട് എന്നേക്കാണ് ആവശ്യക്കാരെ മറ്റൊരാണ് ഓർക്ക് കൊടുക്കുന്നത് അങ്ങോട്ടും കണ്ടോ മടക്കി ആയുധത്തിന് വെള്ളം കൊടുക്കുന്നത് അപ്പോ പക്കുൽ റുഹാൻ ഇല്ലാന്നോ മുഴുവൻ ഉണ്ടാക്കാം ഈ ചോദ്യകർത്താവ് ചോദിക്കുന്ന മാ ദലീലുക്കാലാതാവശ്യം നിങ്ങളിപ്പറഞ്ഞത് എന്താ തെളിവെന്ന് ആല അപ്പോൾ മൂപ്പർ പറഞ്ഞത് അബൂപക്കാർ അബൂക്ക സിദ്ധിക്ക് തങ്ങളാണ് ഇത് തെളിവ് എന്ന് വലിയ രീതി ആലപൂപക് എന്ന് പറയുന്നില്ലാട്ടാ ആല മൂപ്പർ പറഞ്ഞ് അബൂബക്കാരാണ് തെളിവ് എന്ന് സിദ്ധി സമിതി എന്താണെന്നു എന്താ ഈ നഷ്ട നിങ്ങൾ എന്നാ നിങ്ങളെ കുടുംബത്തിനെന്താ ബാക്കി വെച്ചെന്ന് ചോദിച്ചപ്പോൾ എന്താന്ന് അങ്ങനെ റസോലിനും ബാക്കി വെച്ചു കൊടുത്തുനിന്നല്ലേ അതന്നെ പ്രകൃതി കൊടുത്താള് നല്ലെന്ന് കൊടുത്താള് പലതും ഒളിവെച്ച് കൊടുത്താളും അതാ പമൻജ് അൻമാലി തുല്ലി മുഴുവനും ഹാരിജാണോ എന്ന ഫൈമാമുഹു അബോബ് പ്രസിദ്ധിക്ക് റബിയല്ലാൻ ഇമാമു എന്ന് പറഞ്ഞു ഒമൻ തറ അറക്ക കുറച്ച് കൊടുക്കുകയും കുറച്ച് നിൽക്കുകയും ചെയ്ത ഫൈമാമുഹോ അമർ റബിയുടെ പ്രവർത്തനമാണ് ഒമൻ തറക്കിമാലിയും ുഞ്ഞിൽ നിന്ന് പറഞ്ഞത് ദുഞ്ഞാവിന് ഒഴിക്കന്റെ മേൽ അറിയിക്കാത്ത എന്തെല്ലാം എൽമോണ്ട് ദുഞ്ഞാവിനെ ചാടാൻ വേണ്ടി എന്ന് എൽമോണ്ട് വിട്ടേണ്ടതാണ് ദുഞ്ഞാവ് മാറിക്കൂട്ടാൻ എന്താ വേണോ അർജുനെ കണ്ട ഓന എങ്ങനെയെങ്കിലും വെട്ടനെ കണ്ടോ എങ്ങനെയെങ്കിലും കേസിൽ ഇടാൻ എന്താ വേണി നോക്കണം ഓനോട് ആദ്യം കണ്ട എന്താ വരണ്ടിരിക്കും ഓനെ പൊത്ത കൊട്ടണ്ടാക്കാൻ ില്ല രണ്ടാമത്തെ പറഞ്ഞില്ലേം ആ പറയപ്പെട്ട മഹാൻമാരുടെ ഔസാഫ് കൊണ്ട് മുത്തസിഫായ എല്ലാവരും ആ ഔസാഫതിനാൽ ഹുറോജി അമ്മ കസ ഇവർ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പാദ്യം അതിൻ്റെ ഹുറോജ് ആരയ്ക്ക് വേണ്ടിയുള്ള കുറവില്ല ഇല്ലാഹിക്കു വേണ്ടിയുള്ള കുറവ് ആകണം വാഹത ഹൂ ബില്ല വാഹനായിട്ട് പിടിക്കരുവാണെങ്കിൽ കൊടുക്കരുത് ഇങ്ങനെയുള്ള പെരുമാറ്റം ആരാക്കുന്നവരുടെ അവർക്കുള്ള മസൂബാക്കണം ഇല്ലാത്ത കോലം കെട്ടി നടന്ന അതുകൂടെ പൊതുലാന്ന് എല്ലാം കേട്ടു ആ കേക്കണക്കന്നെ ഇല്ല പിന്നെ നടന്നിട്ടെ ഇങ്ങനെ നോക്കുമ്പോൾ കുറച്ച് സൂട്ട് കേസ് കുറച്ചും തൊഴിലും പാട്ടരുത് പിന്നെ പ്രതികരിച്ചൊക്കെ അത് മണ്ണത്തിന് ശേഷമുള്ള വസീത്തല്ല വസീത്തിനെ പറ്റിയല്ലേ അതിനാദ്യം തന്നെ അവൻ പണ്ടേ പറഞ്ഞു അതീമത്തുണ്ട് റസ്സക്കാണുണ്ട് ശ്രദ്ധിക്കുന്നത് എന്നി കംപ്ലീറ്റ് അതിരീതിന്റെ ആളാണ് ഓരോടേ പറഞ്ഞോടും ശാല പതിവില്ല ഓരോട് ഇങ്ങനെയാ പറഞ്ഞത് അതാ തറുദ്യതും തലീമെന്നാ വിളിക്കാം താലീമാകുമ്പോൾ മാത്രത്തിലാക്കാൻ കൂടെ പറഞ്ഞാൽ പച്ചക്കു വിട്ടാൽ മതി തറുബിട്ടാകുമ്പോൾ നിങ്ങൾക്ക് എന്താ വേണ്ടി അത് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടി അത് രണ്ടും രണ്ടാണ് മരുന്നോച്ചാ വ്യക്തം മാറു എന്നു പറയുന്നത് ശാലീമ് നിങ്ങക്ക് എന്താ വരുത്തോ ഇന്ന ഇന്ന ഇന്ന നിങ്ങളെ വരുന്ന ഇന്നതാ നിങ്ങക്ക് എന്താ വരുത്തോ ഇന്ന ഇന്നത് നിങ്ങളെ വരുന്നില്ലാന്ന് പറയാൻ ദൗത്യത്തിന് വരിക എല്ലാവരും രണ്ടാഴ്ച പോകും ആ അക്രമി കുറെ കഴിഞ്ഞു പോയി അപ്പു അപ്പോൾ അവരെ പറ്റി പറയുന്ന സോഫി എന്റെ പേര് പറഞ്ഞോ എങ്ങനെയാ ഇമ്മാൻ സുഫത്തി അലിയാസി മൻസൂബാണ് സോഫി നമ്മൾ പണ്ട് കൊണ്ടിട്ടുണ്ടത് അല്ലേ എല്ലങ്ങൽ വൈമ അതി മറ്റുനൽക പറയാല്ലല്ലഹു സഫത്തു അഹ്മാലു വ അഹ്വാലല്ലാത്തെ രഞ്ഞു അതേ കമാതകതമാ 36 ആമത്തെ പേജ് చెഞ്ഞിട്ടുണ്ട് സഫാബ സൂഫിയ ഖത്താസ്മി യസ്ൂഫിന്നോണ്ട് സഫാലിന്നാ പിടിന്ന്ോണ്ട് ആ വഖാല സെയ്ഹു സറൂഖ റളിയല്ലാഹു വരീഹു കുല്ലു മലിത സഫിയ ഔസാഫിയ ഹുവ വസൂ വഇലൈഹിം നിബറ ഔസാഫ വ മുത്തസിഫാവണൊന്നുള്ളതാ അന്നാ മൻസൂബായി تمام کار تنین رو بگیر امنیعون نودل همینا ان الله, الله عز و جل لم يمت حقوق صفات الگار الله تعالی مذهایت مرنتیلا بالعدم الا تورنಲ್ಲم అదే പറഞ്ഞു الا تورనാണ് বিজालുള്ള തുൽહીം ബിജാരത്തും വലാ ബൈന चले বিজാലുണ്ട് വറ കച്ചവടമ ബൈന്താക്കില്ല വറ ലദിവിലാക്കിട്ടില്ല കച്ചവട ഇല്ലാതറന്നല്ല വസ് وإنما ما تحركوا في كونهم يدرونه بالغضبه ما الحيه يريدون وجهه الله وحده مدينه كامسيتوند غضبتهم اشيلم الله وحده برا પ્રાપ્તచుమికినన్నో అదహా اقوام يتصف بهذا كانا نارदिकتين مريان كانا او بخيرا تكملت ذوكنోల ും സുപ്പത്തിനാനുകാർക്ക് തങ്ങൾക്ക് ശേഷം ആരൊക്കെ അമീർ ഉണ്ടെന്ന് അപൂർവർ തങ്ങൾ അമീർ ആയിരുന്നു അന്നും തവണ ഈ കാട്ടിൽ പോലെ വടൽ വട്ടിക്കൊണ്ടാണ് വെച്ചിട്ട് വെയിൽ ഉണ്ടാകാൻ പോയി പറ്റേക്ക് കൊണ്ടുവന്ന് അധ്യക്ഷനുള്ള സാധനം വാങ്ങിയിട്ട് വെയില ഇങ്ങനെ പോന്നു ഇതിൽ ഓട്ടം വന്നേ ഒന്ന് വെയില ഒന്ന് വെയിലിങ്ങനെ പെയ്മാറിക്കൊടുത്ത ആ നോക്കുമ്പോ കാര്യം മദീലന്റെ അമീര് വേദന്റെ വേദം നിന്നിട്ട് പോകും ഫക്കേറായ അളവ് കൂട്ടത്തിലുണ്ട് മുത്തസപ്പിക്കുണ്ട് സബുമായി ബന്ധപ്പെടുന്ന ആളുണ്ട് മുത്തചുറ്റിതുണ്ട് വലം ഞങ്ങ ഈ പറയപ്പെട്ട അവസ്ഥ ഒന്നും നീക്കിയിട്ടില്ല വസ്ഫം അവർക്ക് നേരത്തെ എന്തായാലും വസ്തുവിനെ നീക്കിയിട്ടില്ല അവർ എന്തുകൊണ്ടാണോ മോസിഫിങ്ങൾ അതിനെ തൊട്ടും അവർ നിക്കളിട്ടില്ല അവർ ചുരുക്കി കളഞ്ഞിട്ടില്ല അമ്മ അവർ ഏതൊന്നിലാണോ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഹജീ കത്തുകൊണ്ടും അമൽ ചെയ്തതിനാൽ അതാണല്ലോ അവർ അതിൽ നിന്നും അവരെ വിരിച്ചിട്ടുണ്ട് بل، عندما إن يشكروا على الدنيا، الدنيا بإنما لو الشكر جيدوا، كينا قلدت أدلا بكنا وصلت الشكر عيدنا. إذو لكما صبروا عنها حين فقدت دنيا بالله، وصلت للأبر صبر جيدا. أبر صبروا الشكر عيدنا. فقالوا أبراء لمولاهم، فقصوا عالم وتعالك في الحالة جند حالتهم، المولاك وعندهم لما لا يدون അതുകൊണ്ട് വമൻകാരൻ സിഫത്ത് ഈ ഈ സിഫത്ത് കൊണ്ട് ആര് നിലനിൽക്കുന്നുണ്ടോ അതുപിയല്ലം അവരുടെ താപിയാണ് ഇവരെയും നോക്കാം അത് കൊലം പെട്ടണമൊന്നുമില്ല അതുകൊണ്ട് പ്രായത്തെ അരിച്ചിരിക്കും അട പഠിച്ചു വെച്ചോ അപ്പിപ്പോ ഒരു പുലാനി മുന്നേ പുലാൻ വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞ എന്താന്നോളോ വേറെ ബെസർപ്പ് നാളൂല്ല പോലു എന്ന പറയുന്നു അന്ന് സ്പെഷലായി കുളിച്ചോണ്ടിരിക്കൂ അല്ലെങ്കിൽ അത്തരം നാളും മാറിയിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്റെ മോക്കി ജലദോഷം ുമാർ ചതിലുണ്ടായിരുന്നു എന്താന്ന് പറഞ്ഞ പോലീസ് എന്ന് വെച്ചിട്ട് ഞാൻ ജലദോഷം പിടിച്ചിട്ടുണ്ട് വന്നു ഓ ബസപ്പ് നാളുമല്ല ആ പറഞ്ഞ് ഒരു ഇരട്ടി ഡോക്ടർക്ക് പരിശോധന ചെയ്യാൻ മാത്രം മൂക്കുകൊണ്ട് പോയിട്ട് അതിനുശേഷം എന്നുണ്ട് തട്ടുത്തരം പറയും അതിലുത്തരമാണ് ബസപ്പ് നാളെ പറയുന്നത് ആദ്യായ കാര്യല്ലേ ആദ്യയായ കാര്യം ചിലപ്പോ വലിയ നടക്കുകയും ചെയ്യാൻ നടക്കാതിരിക്കുകയും നടന്നാൽ അരിയാണ് നടന്നിട്ടില്ലെങ്കിൽ ഹവാറിക്കൊല്ലാതെത്ത ഹവാറിക്കൊല്ലാത്താണെങ്കിൽ നെഫ്സിന്റെ അകത്താതെ പൊളിക്കുന്ന ആളാണോ നെഫ്സിന്റെ അകത്ത് പൊളിച്ചിട്ട് പോകണം ഉണ്ടാക്കാൻ ചോദിക്ക് നെഫ്സ് ചെറിയ പൊളിച്ചിട്ട് തേങ്ങ കൊത്തിയിട്ട് പോകണ്ട കൊപ്പരി ഉണ്ടാക്കാൻ കൊത്താത്ത ആൾക്കാൻ പപ്പലിയാകുമോ നമ്മൾ പണ്ട് പറഞ്ഞില്ലേ തേങ്ങ ചേരി ഉരിച്ച് തേങ്ങ കൊത്തി ചെറുതെടുത്തിട്ട് കൊപ്പരിയാക്കിയിട്ട് ആട്ടിയിട്ട് എണ്ണ എടുത്തിട്ട് കുളക്കത്തിച്ചിട്ടാണ് പ്രകാശം കിട്ടുന്നത് ഇത് തേങ്ങ മൂലക്കെ ഇട്ടിട്ട് പറയുന്നത് രണ്ട് വെട്ടിന്ന് പറഞ്ഞെന്ത്ണ്ട് അപ്പൊ നാത്താത് ഹർക്കൊല്ലാത്ത വെത്തിനെങ്കിൽ എന്താവുമോ പക്കൊല്ലൊന്നും പോയില്ല അങ്ങനെ അസാപസ്പത്തിന്റെ പോലെ അതെങ്കിലും വികാരം ഉണ്ടേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളത് അതായത് കൊലക്കെട്ടാൻ തന്നെ ഇപ്പോഴും നിങ്ങൾ തെളി ആ എന്തെല്ലാം മാറിക്കെട്ടിരുന്നത് ഇത് പൊട്ടിന്ന് സോർക്കേസ് എടുത്ത് ടേപ്പിളപ്പ് വെച്ച് വളച്ചതാകുമ്പോ ഞാൻ ഒന്നാമത്തെ അജിനോ പാതിമാബീമിന്റെ മൊത്താമിലിട്ടോ ആ തട്ടം ഞാൻ തനിയിലിട്ടോണ്ട് വളർക്കുന്നു രണ്ടാമത്തെ ജാബാ ശരീഫിന്റെ അനികളുടെ എന്താ തമ്മിൽ ഇഷ്ട അധികം കഴിക്കട്ടു ഇഷ്ടക്കാരുണ്ട് കാര്യല്ലേ നല്ലത് നമ്മളിതൊന്നുമില്ല അദ്ദേഹം നില വർഷം തന്നെ ഇത് ഞാൻ അയ്യാഴ്ച കൂട്ടി വായ്പ എടുക്കാൻ പോകില്ലേ അതിനോട് അമ്മ സഹിതാകാല അമ്മ ആര് സുപ്പത്തി സുപ്പത്തിന്റെ കാറിന്റെ തസമുണ്ടല്ല ആ ഹസുഫ് എന്നുള്ളത് സുസത്തിന്റെ അധികാരലായി പറയുന്നു ഹസവൂഫ് എന്നത് ആദ്യം തുടങ്ങിയപ്പോ സുസത്തിന്റെ അധികാരൻ എന്നത് തുടക്കം അപ്പൊ അങ്ങനെ വന്ന ബഹുവാ അപ്പോ ഷാലി ആരാസ് എന്ന് ആ ദിവസം നമ്മ തങ്ങളുടെ തൊട്ട് സാമിത്തായകാരിയായി അങ്ങനെ ഈ തകരി തങ്ങളെ തക്കി കൊടുത്തിട്ടുണ്ട് തങ്ങളുടെ തക്കലാണെന്ന് ചോദിക്കുന്നത് അപ്പം ഇതെന്താണല്ലോ ഈ പേരുണ്ടായോ വനം ജപത്തൽ ഇല്ലാത്ത വന്നോ ഇനി പേരിടുന്നോ ഇല്ലയോ ഗോപിയിൽ നിന്നെ പേരുണ്ടോ ഈ അത് ഇസ്തലാഹുണ്ടോ ജമ്മെന്നും പുറത്തുനിന്ന് മറയിലുണ്ടോ അതൊക്കെ പിന്നെ അപ്പൊ ഹരീദ് പറഞ്ഞുകൊടുക്കൊരു പണ്ടേ ഉണ്ട് ഹരീതിന് ഇസ്തലാഹാത്തി പിന്നെയുണ്ട് ഇജിത് യാത് പണ്ടേയുണ്ട് ഫിഗും ബാബും ഫസ്റ്റുരാക്കി തിരിക്കലി പിന്നെയുണ്ടായി അതേപോലെ തന്നെ ഒരു തസ്മിയ പേര് കൊടുക്കലു മാത്രമല്ല പാട്ടുള്ളൂ ആ കാര്യമാണ് പേര് കൊടുത്തോ കൊടുത്തില്ലോ മതങ്കാളി അത് ലിങ്ക് ആകാണ്ട് യാതൊരു സ്ഥാനമില്ല ഈ കാരണം ഈ തസ്മിയറ്റ് മീൻ അവാർഡിൽ അൽഫ ലിന്റെ അവാർഡിൽ പെട്ട ഇത് പേര് കൊടുക്കണം ഈ അവസ്ഥക്ക് എന്താ പേരും ഇവിടെ ജമ്മുന്ന കൊടുക്കണ്ട് പുറക്കുന്നവർക്കുണ്ട് ജമ്മു ജമ്മുന്ന കൊടുക്കുന്നുണ്ട് പത്താറിന് അവർക്ക് കൊടുക്കുന്നുണ്ട് ഒരു സാബിന്റെ ആരെടുക്കാം അതൊക്കെ തസ്മിയത്ത് വരെ ഒന്നാറു വരാം അതൊരു മുസന്നിഫിന്റെ കൗലി داولي لو بقول احمد زرو كده قلنا استني في احمد زرو كده قلنا اه اللي بره ده اللي هو عمل ينوا النقطه بتاعها وقوله يشير ان زرو لما بيجي يتللو احمد زرو رضي الله عنه ده بيقول ും മൻസൂബുൻ ഇരേഹിം എന്നാണ് പൂർവ്വ അസഹാബ് സുഫത്തിന്റെ ഔസാഫ് കൊണ്ട് ആരോ മുത്തസി പറഞ്ഞവോ അത് ഏത് കാലത്തുള്ളവരായാലും ശരി റനിയായാലും ശരി ബക്കീറായാലും ശരി അവരെത്തോടെ ഇസ്ബാ ചെയ്യണം എന്നുള്ളതെന്താണ് അഞ്ചു കാലം സൂഫിനെ സംബന്ധിച്ചിടത്തോളം സുറൂഫ് റൊങ്ങിയാണ് ഇസ്റ്റിക് അങ്ങനെ കൊണ്ട പോയത് സുഫത്തിന്റെ ഹരികാലെ കൊണ്ട് ഇസ്ബാന്ന് പറയുന്നത് اوسوف یہنے بارے اندر انشارت کرندہ ون شستی لاکن کثیرا ما یتن صبو اس کو علی ویز قیاس قیاس نو قادر اسبو ناز وہ قید بابو نہیں تھو اچھا باین نہ بدل بولن لگو جا احمد الصلوۃ و السلام ربی اللہ تعالی <تصفيق> المنوع الاستثری اوصاف یہ وہ منصوب دی لئی سواو کالہ فضین او فقیرہ تنناں اوپر بوند സ്വപ്നത്തിലേക്കുള്ള നിസ്ഫ ചെയ്യണമെന്നാണ് മോഹ്മൂ എന്ന് മനസ്സിലാവുന്നുണ്ട് എതിരാഞ്ഞിന്ദു അതൊരു പിന്നെ മുസലിന്റെ വെളിവാക്കി തരികയാണ് അന്ന തലേക്കും എന്നത് അത് മഹദക്കല്ല അതുകൊണ്ട് ഒഴിവാക്കേണ്ടതില്ലാത പറയും പിന്നെന്താ ഇപ്പോൾ മുഖാമിന്റെ ഷാഹിന്റെ വാക്കലി തകതിര് നൽകപ്പെട്ട കാര്യമാകുന്നു തകരീര് മൂന്ന് മുത്തവരാണല്ലോ ഇപ്പോൾ തകതിര് വന്നിട്ടുണ്ട് എന്നാണ് തകരീരാക്കിട്ടെ അങ്ങനെ ഉത്സന്നിപ്പം പറയുന്നു ഇതം ഇതൻ താരണത്താ ി ലൈസൻ അത് പുതുതാക്കി ഉണ്ടാക്കപ്പെട്ട ഒന്നല്ല വിധത്തിൽപ്പെട്ടതല്ലാ അപ്പൊ ഇപ്പോഴാണ് നമ്മൾ എന്തിനോർപ്പെട്ടത് നമുക്ക് ശെരയ്യയിൽ പറയാതുകൊണ്ടാണ് മഹരയിലെ പതിവർന്നത് ശെറയ്യാഗരി പറഞ്ഞുകൊണ്ട് ഇവിടെ കത്തി അസാകുസുപ്പത്തിന്റെ അസാഹു ലഭിച്ചിട്ടുള്ള തീരാട്ടുകൊണ്ട് തങ്ങൾ തമ്മിലാക്കി മൃഗസല്ലാതൊന്നും സംഭവിച്ചത് ബാൽക്കാല അഹുമാ അതിൽ അഹമയായിരുന്നു എന്നാണ് അഹബെന്നുവച്ചാ തങ്ങളുടെ കാലത്ത് പച്ച പിടിച്ചത് കൊറും നഗ് മാത്രല്ല പച്ച പിടിച്ച ആപത്തിനുള്ളിൽ നിലനിന്നാൽ കഴിച്ചു വളർന്നിട്ടായിരുന്നു പക്ഷെ അതിനാവുന്ന നമ്മക്കത് എത്തിച്ച് ഉത്താഹൻ നട തുടങ്ങി പ രണ്ടിട്ട് കഴിച്ചായി പോയി നമ്മൾ കിട്ടിപ്പോയാ നമ്മക്ക് കിട്ടിപ്പോയാൽ തുടങ്ങിപ്പോലാം ഇതുണ്ട കാലത്ത് എന്തായിരുന്നു പച്ച പിടിച്ച് കഴിച്ചു വളർന്ന സാധനായിരുന്നു ഉസാഹൻ അത് അപ്പുറത്തു അല്ലും കഴിഞ്ഞിരുന്നു പച്ച കഠിനമായ കാരണത്താലും പച്ചയായി ആയ കറുപ്പണറിലേക്ക് ഇനിയൊരു കറത്തു പച്ച പിടിച്ചിട്ട് അതിനാണെന്ന് പറഞ്ഞാൽ അഹവാൽ ഹലവെന്നുണ്ടായി പച്ച പിടിച്ചിട്ട് ഞാൻ കറുത്ത കടലിലേക്ക് എത്തി അത്ര മാത്രം തഴച്ചു വളരുന്നൊരു കാലമുണ്ടായിരുന്നു പക്ഷെ നമ്മൾ കിട്ടുമ്പോഴേക്കോ പാടി തടന്ന് ഒന്നിനും പറ്റാണ്ട് ഈ മാപ്പാമോ പുതിയത് എപ്പാ ഏതെടുത്തത് ഹോട്ടലിൽ കയറിയിട്ട് നല്ല ചൂട് കടികണമെന്ന് കാണിച്ച് കൊടുത്ത് എപ്പോഴത്തേക്കോ കടിമുണ്ടോ എന്ന് ഇപ്പൊ എല്ലപ്പ ചൂടിനെ അത് എങ്ങനെ ഇറങ്ങി മനസ്സിലാക്കണം അത് ചുടുമ്പോ ചൂടുണ്ടായിരുന്നു എന്നുള്ളതിന്റെ അർത്ഥം ആ കിട്ടാവ് കണ്ടു വന്നു പോയതാണ് പങ്കെടുക്കില്ല ആ കിട്ടാവതി ചുടുമ്പോ ചൂടുണ്ടായിരുന്നു എന്നാണ് അതിന് അർത്ഥം ഈ കൊണ്ട് പുതിയായിരുന്നു ഹലി മണങ്ങിപ്പോയി ഇങ്ങനെ അവർ ഉണ്ടായ അവസ്ഥയും നാം പറഞ്ഞു ആദം അത് അവിടെ കണ്ടു കണ്ടപ്പോൾ വക്കതീ സർ അലീ അതിന്റെ മേലുള്ള അവസ്ഥയെ തള്ളിക്കറാക്കിയപ്പോൾ ചെയ്തു ചിലത്തായി അപ്പോൾ വനന്ത അമൃതന്നെയാണ് വന്നു للا يقدروا عليه الصلاة اللهم عمال ومطلوب حانا التقلل على منتشورين كلمباهوا مطلوبوا علينا اللهم كله ونك المباه ها قرارا انه مطلوب مطلوبوا منك الله باربا علينا اللهم صنع قط مباه كدار وكيف يكون محدثا انا بذنك ليعلا المحدثا اي مالا ومدار الشريع فيه شريع الدم مدار عليه تصف في طبي الله قنون ശരീരത്തിന്റെ മതാറ് തന്നെ നടക്കുന്നതിന് പോലെയാണ് തസോഫിന്റെ വേനല തസൗഭാഗം ഈ അഴമാല കിട്ടാനാണ് എന്താകുന്നത് ശരീരത്തിൽ ഉണ്ടാകാതെ കളിക്കുന്നില്ല അതിനാണ് ഈ കൊർഗൂച്ചിലെല്ലാം ഇത് കാരണം ഗു ഈ തസൌഫോ എന്നുള്ളത് ലുക്കുക ശരീരത്തിന്റെ കാതലാണ് ലുക്കോളുടെ സാധനം അതിന് തെളിഞ്ഞതുമാണ് إذن مقصود لصفر فيه لصفر فيه مقصوده ومبقره لتصفية المباتل حتى يكون الأبد على آلة لي الله الله ورسوله داعرة مباتل آنا هذا هو صفر فيه ما بنا باراتل شدية عبنا إذن رأتن حتى يكون الأبد عبد على آغرتي على حالة روح الله وسوله الله رسوله فلتصرنا به حالة الأغرتي داعه للمباتل إذا كانت أصفين مدى شريط لنهر ും തോം കുത്തിന് അതം ലാൻഡും തക്കെത്തുവാസവുപ്പ പറഞ്ഞത് ആ മൃഗെ പക്ഷി നടക്കാൻ വേണ്ടിട്ടല്ല ചോറ് ലാഭിക്കാൻ നിങ്ങളെ വശത്തി സിക്ഷിക്കാൻ വേണ്ടിട്ടല്ല ലാൻഡും തപ്പു കുത്തക്കി ആകാൻ അപ്പൊ മുത്തക്കയാല് പല കേൾ കൂടി ആളുണ്ട് നോർമെന്ന് പറഞ്ഞിട്ട് മുത്തക്കയാൾ കേസിയത്തിണ്ട് തക്കാത്ത് കൊടുത്തിട്ട് മുത്തക്കയാല് പോലെ കേസിയത്തിണ്ട് ലക്കിന് എത്തിയിട്ട് മുത്തക്കയെന്ന് കേസിയത്തിണ്ട് തക്കോത്തിന്റെ പല ഛാസ്കളാണ് പല നിരക്കിങ്ങനെ പ്രകണമാണ് അപ്പൊ ടസോഫിന്റെ കാര്യം ഇങ്ങനെയാണെങ്കിൽ പപ്പു അഥവാ ഏത് ഇൽമ അതുമായി ബന്ധപ്പെട്ട് എന്തിനാന്ന് ചോദിച്ചാൽ മക്സൂദ് വരാൻ വിതാ എന്തിനാ ഏകിത്താ പോകുന്നു ടൌഫ് ആകാം വേണ്ടി നിന്നെന്തറിയാൻ വേണ്ടി നിന്നോക്കും നിന്റെ നിന്ന് അപ്പൊ തവക്കൂഫുണ്ട് എങ്ങനെ തവക്കൂഫ് ഇമാർ അബിൾ കമാൽ ഒന്നിക്ക് ഷർത്തിന്റെ തവക്കൂഫ് എന്നുണ്ടാവും ഉദാഹരണത്തിന് ഇഹ്ലാസ് ഷർത്തിന്റെ തവക്കൂഫാന്നും ഇഹ്ലാസ് അമൽ ശരിയാവില്ല ഷർത്താന്ന് അല്ലെങ്കിൽ കമാൽ എങ്ങനെ തവക്കൂഫുണ്ടാവും ഇത് ഇത് കൂടിട്ടില്ലെങ്കിൽ ഒന്ന് ഇത് പൂർത്തിയാവും പക്ഷെ കമാൽ കിട്ടൂലെ തജിരി തജിരി ചെറുത്ത് ഇല്ല കമാൽ ഓഹി നല്ല അതീതമാണോ അശർത്ത അശ്തന്റെ അമാനല്ലോ ഒരൊന്നും പിരിവല്ലോ അങ്ങനെ ഇത് കാരണം മതാറുഹോ തസമുഖിന്റെ മതാറ് നടക്കുന്ന സിതുക്കു തപജു എന്ന ഇങ്ങനെ അള്ളാഹു താല പൊരുത്തപ്പെടുന്ന രീതിയിൽ അള്ളാഹു പൊരുത്തപ്പെടുന്ന പ്രവർത്തനത്തിൽ കൂടിയായിരിക്കണ രണ്ട് കൈതം അള്ളാഹ് പൊരുത്തപ്പെടുന്ന മക്കത്തിലായുമ്പോഴോ പൊരുത്തപ്പെടുന്ന പ്രവർത്തനങ്ങളെ കൊണ്ടറിയുമ്പോ അപ്പൊ അപ്പൊ ആരാ കാര്യം നല്ലോണം നടത്തണമെന്നു വരും ഇപ്പൊ ഏത് ഇൽമും എങ്ങനത്തെ അബ്ലാഹുല കൊള്ളുക്കുത്തു അതിനോട് സെഹബത്ത് കെട്ടാത്ത ഏതെല്ലാം ഇൽമുണ്ടോ ഫലൈസബിഷയിൻ അതൊന്നുമല്ല ഇതുകൊണ്ട് ഇതിൽ ഏതെന്തിനും വിഹ്ലാസാണല്ലോ അവൈലും മറ്റു തരക്ക് പറഞ്ഞാൽ മഖാമത്തസ്വഫി തസ്വൂഫിൻ മഖാമന്ന നമ്മർന്നാലന്താ മഖാമുന്ന ഹിസാൻ അന്നിഹിസാന മഖാമാണ് അല്ലദീ ഏതാണ് അന്നിഹിസാന മഖാമ ഫസറഹു റസൂലുള്ളാഹി തഹല്ലി വസല്ലമ തഫസീറു പറഞ്ഞില്ലേ അൻ തഅബുദല്ലാഹ തഅന്നക തറാഹു തിബറല ഇസ്ലാമിലെ ചോദ്യത്തിൽ ഇഖാനുൽ നിമ വള്ളാഹിന്റെ 8 9 പേജിൽ പറഞ്ഞിട്ടുണ്ട് അന്നിസ്ഹ ഹദീസല്ല അമീൻ ഇമാൻ എന്ന് പറഞ്ഞത് രണ്ടും കൂടി എന്താ ശരിയതായി എഹ്സാൻ ഏതാണ് തസൌഭവം സാധനം അവിടെ എന്താ വേണ്ടത് അന്താബുതം ആ കാനൊക്കെ സവാ കമ്പിനെ കാണുമ്പോ നീ ഭാഗത്തെടുക്കണോ അപ്പൊ കാണൽ എന്നതാണ് മക്സൂദക്ഷിന്റെ കാണൽ എന്തെങ്കിലും സുഹോദി അയ്യാൻ കമ്പിലേക്ക് എത്തി തക്കീദും പെട്ട് ഇഷാലും പെട്ട് സുഹോദി അയ്യാൻ അപ്പൊ അക്കീദ പടിയാർത്തേക്ക് അത്തന്നു അന്താബുദെന്ന് പറഞ്ഞാലോ ശരിയെത്തന്നു അപ്പോ കാന്നക തബാഹു എന്ന് പറഞ്ഞുകൊണ്ട് അഖീല പറഞ്ഞു കൊണ്ടിരിക്കുന്നു. ഇതഖീല ഹഖുൽ യഖീന വഖാം. കാം ദാബുൽ അൻത അബ്ദു ഇബാദത്തെ കൂടിയാണ്, നിസ്കാരത്തെ കൂടിയാണ്, നോമ്പിൽ കൂടിയാണ്, സക്കാത്തിനെ കൂടിയാണ്, ഹജ്ജിൻ കൂടിയാണ്, ബിത്തുൽ വാലിദീൻ കൂടിയിട്ട്, ഇക്രാമുൽ മയ്യിത്തിൽ കൂടിയിട്ട്, സലാമിൽ കൂടിയിട്ട്, तिलावतൽ ഖുർആനി കൂടിയാണ് ഇബാദത്തിന്റെ ഇനങ്ങൾ. അതാണ് മരിബത്ത് എന്ന ഞാൻ ചാരികട കുറങ്ങല്ല. അപ്പോൾ ഇബാദത്തിന്റെ ഇനമാണോ അള്ളാഹു ശരീഅത്ത് കൊടുന്ന് ആരെടായാലും വേരും അപ്പോഴുണ്ടായത് മാനസിക എന്തൊക്കെ തറാവൂ മഹബൂബിനെ നീ കാണും പോലെ അപ്പൊ മഹബൂദിനെ കാണൽ അങ്ങനെ ഈ ബാഹിനത്തിനൊന്നും കാണൂലല്ലോ കാണലി ബസീറത്തോണ്ടാ കാണലി അപ്പൊ തക്ലീദിനു വിട്ടു തക്ലീദിനെ അങ്ങനെ അങ്ങ് അംഗീകരിക്കരുള്ളൂ ഇഷ്ടിതരാലാണ് മറ്റൊന്ന് അപ്പൊ നിങ്ങൾക്ക് ആസുഖേ മറ്റൊരാളും ബസീറത്തേക്കാ ഫൈലക്കും തറാഹു ഫൈലിനി എന്ന് പറഞ്ഞു നീയവനെ കാണുന്നില്ലെങ്കിൽ ഓൺ നിന്നെ കാണുന്നുണ്ട് അന്ന് രണ്ടു വീക്ഷണങ്ങളാണ് ഇപ്പോഴത് മുറാഖബിയാണ് ആദ്യം വന്ന മുഷാഹദിയ മുഷാഹദിയാണ് മക്സൂദ് അത് എത്തുന്നില്ലേ എന്ന ഭൈനവും അവൻ നിന്നെ ഇങ്ങോട്ട് കാണുന്നുണ്ടെന്ന് പറയുമ്പോൾ എന്തായി അള്ളാഹുബിന്റെ ഇൽമി വൻ യാത്ര രീതിയിൽ അത് ബസീറത്തിന്റെ സ്വായെങ്കിലും വന്നെങ്കിലേ കാണുവല്ലോ അകത്തുള്ള ബസീറത്തിന്റെ മൂന്ന് ഘട്ടമാണ് സ്വാൽ ബസീരത്ത് അനുബീറത്ത് ഹക്കുൽ ബസീറത്ത് സ്വാൽ ബസീരത്ത് യുഷീദ കുറുബൂമി കാണാറുണ്ട് വാഴുൻ മസീന്റെ തൽപ്പം വന്നാൽ അള്ളാഹുവിന്റെ കുറവിലെന്നെനിക്ക് നമുക്ക് ശരിക്കും ബോധ്യപ്പെടുത്തി തരൂ എന്ത് കൊണ്ട് കുറവ് അവന്റെ ഹിൽമ് കൊണ്ട് കുറബ് ഇൽമ കൊണ്ടുള്ള കുറബുണ്ട് കുതിരത്ത് കൊണ്ടുള്ള കുറബുണ്ട് ഇറാദത്ത് കൊണ്ടുള്ള കുറബുണ്ട് റഹ്മത്ത് കൊണ്ടുള്ള കുറബുണ്ട് ചന്ദ്ര കൊണ്ടുള്ള അപ്പൊ ഞാൻ എന്തെങ്കിലും മായും ഇല്ലാതെ അദ്ദേഹത്തെ മുന്നത്തി അപ്പൊ എന്ത് രാഷ്ട്രീയമായ ചെറിയ അമ്മ ചെയ്താലും അല്ലാതിക്കാണ്ടിട്ടുണ്ട് എന്ത് ദോഷം ചെയ്താലും അള്ളാതിക്കാണ്ടിട്ടുണ്ട് അമ്മയില്ല അ ഷാ ഉൽ ബസീറത്താണ് അതിന്റെ ഏറ്റവും ചെറിയ പണി അപ്പോഴാണ് ഇത് എന്തായാലും ഈ കുറുബിന്റെ ബോധ്യണ്ടാവില്ല അതുമക്കൽ ഈജൂദീനു വേണ്ടി മാത്രം സത്മമതിപ്പിച്ച പണിന്റെ അതുമാണോ കംപ്ലീറ്റ് ഫനാഗ ഉണ്ടാവും കംപ്ലീറ്റ് ഫനാഗ് വന്നു അഹബുൽ ബസീറത്തോ യസീദുക്ക ഇതിലേക്കും നോട്ടിലെ നോട്ടം നമ്മള പ്രത്യേകിച്ച് അപ്പം ആദ്യ എണ്ണാമെന്നത് മൊറാഖബാണ് മൊറാക്കാണ് അത് വേറെ ഇസ്ലാഹിയാണ് അമ്മാന്റെ ഇസ്ലാഹിനെ പറ്റി എനിക്ക് ബോധ്യം ഉണ്ടാലാണ് എന്ന് പറയുന്നത് ഇങ്ങനെ അങ്ങോട്ടുള്ള ഇത്തലാഹാണ് ഏത് സുഹൂദിയമോളാണ് ഇതിണ്ടാകുന്നത് ഉഷാഹദ ഉണ്ടാകുന്നത് ഇപ്പൊറാത്തു ശേഷമാണ് ഉഷാഹത അവിടെ ആദ്യം അന്നക്കാഹു അത് ഏതാണ് അദീമത്തോ ഏതിന്റെ പണി രണ്ടെണ്ണം വതാലിക്ക ഇങ്ങനെ ആർത്ഥത്തില് ഉണ്ടാകണമല്ലാ എം തീ ു സംഭവിക്കുന്ന ഒന്നു കൂടാണ്ട് കയ്യേ ജീവൽ അന്താബുതന്നല്ല അന്തോന്നല്ലല്ലോ പറഞ്ഞത് അന്താബുതന്നാ അപ്പൊ എനിക്കെന്ത് പണിയുണ്ട് ഇബാധത് ഉണ്ട് ഇബാധത്വണെങ്കിൽ ഉപോധിയത്ത് സാധിക്കാവുന്ന ഒരു മാതയില്ലാതെ കണ്ടക്കേ ജീവിൽ എന്നല്ലേ നമുക്കിവിടെ കരണ്ട് കിട്ടിയില്ലേ ഇജോത്തിയാ മതി ഇപ്പൊ അതിനാ ബയർന്ന് ചോദിച്ചാൽ ബയറില്ലാതെ കണ്ടു ലാത്ത സിഹു ബയറിങ്ങ് നടക്കൂ രണ്ടു പെട്ടെന്ന് നടക്കൂല ബിദൂണി മാത്തക്കോദീയത്തു രണ്ട് വയല നടത്താത്ത കാലത്തോളം കണ്ട് ഋത്തുകയായിരുന്നു പറയുന്നത് മറ്റൊരാണെങ്കിൽ മൊബൈലെങ്കിലും ആക്കായിരുന്നു കമ്പിയില്ല കമ്പിപ്പൊ ഞെടുത്തി നടക്കുന്നില്ല ചെറിയ കണശം പറമ്പെ പോയില്ലേ ഞെളുതുമ്പോ രണ്ടും ഇഷ്ടത്തിലായി പോയിന് വേറെ പിടിച്ചൊരു തെറ്റും കാണുന്നില്ല എന്നൊക്കെ പിന്നർത്ത നല്ലോണം വർദ്ധിച്ചു എല്ലാം വന്നയില്ലേ ീമാനിലുണ്ട് ആ യാത്രുകാരുണ്യല്ലോ ഫാൻ അലിഇസ്ലാമിലുണ്ട് ഫഹുമാ അത് രണ്ടും ലാഹിറായി ഫഹുമാൻ എന്നത് എന്തായി ബാത്തിനുമായി അപ്പൊ ലാഹിറു ആയി ബാത്തിനുമായി പല ഇറാമ പുറത്തെ അന്നത്തിന് കയ്യാമില്ല ഇല്ലാതെ ഉള്ള ബാത്തിന് കൂടാതെ ഉണ്ട് അല്ലെങ്കിൽ എന്താകും അമല ലിയാകു വരൂ അക്കഇണ്ട് ഇഫാഖും വരും അപ്പൊ വളന്റെ മാതിരിയായി പൊന്തോട് മാത്രം ഉള്ളു പറ്റ കുളതിന് സിഹത്തുല ബിദൂരിന്നു നിൽക്കൂല്ലോഹിന്റെ സ്ഥാനത്തായി ബഹുമാർ ജസദണ്ടും ജസദിന്റെ സ്ഥാനത്തുമായിസദില്ലാതെ കണ്ട ഓഹി നൽകില്ലല്ലോ ജസദോ തിരിച്ചൂല്ല وقال لذلك قال ما لكم بالله ان تطهرا فلم يتصوف فتقصقا وبرد وقال فقيحي بني يا فقيحان فجا بايا لي في كينورديதா تصوب كلجان فقد تفسقا اون فاضي قال كدهருக்கும் เนาะเนาะ அமலே சத்து நோக்குந்துண்டா ولا برضو நான் அதை தெரிஞ்சு நிந்துண்டா டிசெம்பர் 31st ஹவ்லத்து ஜகாத் கொடுக்கணும் 1 லட்சத்துல இப்ப கொடுக்கணும் 32500 இல்ல அந்த 30000 ആ കഴിച്ച മാർഗം ഉണ്ടാവുന്ന പണിണ്ട് എത്ര ഹൗലുകൊന്നിന് നീ മുപ്പതിന് ഒരു ബാലിങ്ങ് വരി ഒറ്റ ബാലല് വരിലെന്താക്ക എല്ലാവർക്കും പോക്ക പൈസ മുപ്പത്തൊന്നിന് പണത്തെടുത്തോക്കാൻ നോക്കുന്നില്ല നിസാർ എത്തുന്നില്ല കാത്തും കേച്ചിലേക്കാത്ത ആ ശരിയാത്ര സഹിയതാൻ എന്തേ കൊണ്ടു പണിയിലേക്ക് വാങ്ങി വരിക എന്നിട്ട് ഒരു കോസ്ബിഹ് കിട്ടിയാൽ ഓരിക്കും ജുമി തരൊക്കെ തന്നെ അലുകാർക്ക് ജുമ ഇന്നലെ തുടങ്ങി വെള്ളിയാഴ്ച പോലെ തുടങ്ങി തുടങ്ങി പായ വൃത്തിയാക്കുന്ന മുതൽ അടുക്കള പോകുന്ന മുതൽ തളാർ ചെയ്തെ മുതൽ നേരത്തെ പോക്കം മുതൽ എന്തെല്ലാം പണി അപ്പൊ ഇന്നലെ ജുമ്മക്കാ പോകുന്നവര് ഒരിക്കല തീരച്ചിരിക്ക ഒരിക്കലല്ല ഒരാൾ വലിയ സൂപിഐക്കുമായിട്ടൊന്നുമില്ല എന്നാലും ആവുന്നു ഏത് പിച്ച ഉദ്ദേശം പറഞ്ഞു അമലിയായ പിച്ച മാത്രീലിക്കും പെട്ടു മനസ്സ് ശുദ്ധിയാക്കി സൂപിഐ ചിപ്പാനല്ല ഇവന് അക്കീലും പഠിച്ചത് അപ്പൊ മനസ്സിലൊന്നെല്ലാം കടന്നുവരുമ്പോ എന്താക്കി അല്ലോ അജണ്ടി എന്ന് പറയാൻ തുടങ്ങും ഇവിടെ തന്തി ഓടിക്കണ്ടേ തന്സീ ഓടിക്കാൻ തസ്മി ഓടിക്കാൻ എന്തെല്ലാം ഒപ്പിക്കാനുണ്ട് അപ്പൊ ജിന്ദിക്കാറ്റം മാറും അക്കീല എങ്ങനെ താടുതും വാദിക്കാൻ തുടങ്ങി മറ്റേ ഇത്തിഹാദ് വാദിക്കാൻ തുടങ്ങും അപ്പൊ എട്ട് ഉദ്ദേശിച്ചത് ആൻമിക്കുന്നത് അഖീല ഉൾക്കൊടുക്കുന്ന ആന്മാഫിക്കും അറിവ് നല്ല തഫക്കു വായിക്കണം എന്തു അങ്ങനെ വേണ്ടി പറഞ്ഞു രണ്ടൂടി ആവണം എന്നെങ്കിൽ ഒന്നും വെച്ചില്ല പറ്റത്തല ഞാൻ ഇല്ലാത്ത റോഹിനില്ല ഞാൻ മയ്യത്തെയ്ത് കത്തുന്നു ബൾബല്ലോ ചിലപ്പോ കത്തുന്നുണ്ടാവില്ല കിഴിയിട്ടുണ്ടാവും എല്ലാ പൊത്തവി കൊടുക്കാൻ അർത്ഥം പേര് ഒരു മനുഷ്യൻ അവൻ അവന് വാദ്യമായ ഫിക്സിന് അവദ്ദേശിക്കുന്നത് അപ്പൊ ഇത് അക്കീദയും വിട്ടു തസറൂഫും വെട്ടു മറ്റേ വിട്ടിട്ടുണ്ട് അത് ലാ എസ് ഹോ അത് സഹിയാവൂലോ ഇത് ലാ എസുകളിൽ ബാബി ശരീരത്തിന്റെ ഹക്കേക്കത്തിന്റെ വീട്ടിലേക്ക് അടക്കണമെങ്കിൽ ശരീരത്തിന്റെ വാതിൽ കൂടി തന്നെ കഴിഞ്ഞിട്ട് അറിയിച്ചിട്ട് അടക്കണല്ലോ വേറെ വെയില്ല അങ്ങനെ ആവാത്ത പക്ഷം മാറും والمتكلم في احكام الاسلام يسمى فقيهن اسلامين احكام السمساريكناكندا به فقيه എന്ന് വിളിക്കുന്നു. അൽ മുതകല്ലിം ബി അഹ്കാം അൽ ഈമാനി ഈമാൻ അഹ്കാം അൽ സംസാരികനാകൻ ദോരി വസൂലിയ എന്ന് പറയും. മുതകല്ലിം എന്ന് പറയുന്നുണ്ട്. വൽ മുതകല്ലിം ബി അഹ്കാം അൽ ഇrsa ഇrsa അഹ്കാം അൽ സംസാരികന മുതകല്ലിം യസ്മാ സൂഫിയൻ സൂഫിയ എന്ന് വിളയായി കൊടുക്കും. പറയുന്ന വിഹിനോൻ എന്നാണ് എന്താ ചോദിക്കെന്താണ് എന്തായാലും അതിൻ്റെ പറയാത്താൻ നതുണ്ട വധ എന്താണ് ഇതിപ്പം ഉണ്ടാത്ത മുത്തല്ലിമ് സൂഫിയായി എന്നാന്ന് പണ്ടും പണ്ടേ പഠിച്ച് മുത്തഹക്കാണോന്നാണ് അവിടെ സൂഫിക്ക് എന്താ വേണ്ടത് അതോ എന്റെ ഭാഗവാദിങ്ങനെ പറഞ്ഞുകൊണ്ട് വായാ പൊറ്റൂല്ല അഹ്മാല മുത്തായാലും സൂഫിന്ന് മുത്തസിഫാവുള്ളൂന്നാ പണ്ട് പറഞ്ഞത് ഇവിടെ മുത്തക്കല്ലിമാരായി മാറി ായി മാറ അപ്പൊ ആരിഫിലും മറ്റൊക്കെ പറഞ്ഞതിന് എതിരായിട്ടുണ്ട് അവിടെ അതാണ് അതുരുണ്ട് മാബെന്ന ബോജ പറഞ്ഞത് എന്താ പറയാ ഓർക്കൊന്നും പറ്റൂല അയാൾ സംസാരിക്കുന്ന പണി എന്താ പേരും പറഞ്ഞിരുന്നു മനസ്സിലായാറിന്റെ മനസ്സിലായില്ലേ റായത്തും ഇവിടെ വിരു അലൈഹിസ്ലാമിന്റെ ചോദ്യത്തിന് ഇസ്ലാമും ഈമാനും ഇഹസാനും കൂടെ കൂടിയിട്ടാണ് എന്തായാലും ജോൻ ലീമക്കും ദീനക്കും എന്ന് പറഞ്ഞത് ആ എഹസാന്റെ മക്കാമഹസിന്റെ തഫസീറോ دون لانه يي التصوف ضالين بعلي ابن تركتي تناريكننا لا حقيتي الى الله الله نفشيتنا مولا تركم او اوصته اوصى معاملته الله نور المعامله صدق المعامله اخري ابطاله مراتب هو او نادور اوركتين اللتيل اورو قادن اورو بيسان دي اوت كور اني متور شيء يقرى مراقبه على مراقبه بعد مشاهده مراقبه بالنسبه म्हणजे مشاهده शेशेमुला मुराकाबा इनु बोलिबो इवडा मुशाहाद एंदाई आद्य मुंदी मुराकाबा विनियुई जरा नुमकु बंडा तर्तीब अगने वंडदु मुराकाबा के शेशम मुशाहादा न किने शेशें देलेवाडू वरुम इ मस्बूक र तोरनाव वेदी आवे इमामुल साबी साबी काय इमामे मस्बूक तोरनाव एंदाई ഇവനാദ്യം കുറവല്ലോന്നാണ് സബിക്കാത്തിന്റെ രണ്ടാറക്കാലത്തിന് വന്നിട്ട് ഇമാമിനെ തുടർന്ന് ഇപ്പം ആര് ഒന്നാം അക്കാരത്തി ആരെ എന്നാ ഒന്നരക്കാദ്യത്തോന്നില്ലേ ഇതേമാതിരി എന്താന്ന് അറിയോ ഇഫ്റ്റിദായിട്ട് ഉഷാത കിട്ടിയ ശേഖനെ സ്വയംഭത്തുകൊണ്ട് ഒന്നിക്ക് അങ്ങനെ നർത്തം കൊടുക്കുന്നവരും ശേഖരമാണോ എഫിന തുമ്മിനുമ്മ യഫിന ആദ്യം തണ ആരുള്ള പനാൽ സിഫാത്തിലുള്ള പനാല് റാത്തിലുള്ള പനാലിലാണ് രാത്രിള്ള പനായിലുള്ള ഷെയ്ഖ് എന്നാൽ ചോദിക്കും അയാള് സഹവിരല്ലെങ്കിൽ തുടങ്ങാൻ പറ്റൂല്ലോന്നു അത് ശരിയാണ് സഹബിലല്ലെങ്കിൽ തുടങ്ങൂടാ സഹവിൽ നിന്നെന്താക്കി സഹവിലേക്ക് വന്നു നോക്കാം മഹബിൽ നിന്ന് സഹബിലേക്ക് വന്നപ്പോ മെയ്യത്തെ ചെയ്തു ശേഷം എന്താ നാത്തിലുള്ള പല ആകാ ഇവനെന്താക്കും ആർദികം അങ്ങനെ കൊടുക്കുന്നു അന്നാർക്ക് എല്ലാം ഇണ്ടാവും പത്തിക്കോട്ട് മൊത്തം കൊല്ലം ഒന്നാം കൊല്ലം ചെയ്യുമ്പോൾ വേറെ ഫൈനൽ കൊല്ലാണ് സഹബൻ രണ്ടാം ദിവസം അങ്ങ് രണ്ടാമതീറ്റാണ് അടുത്ത ഒന്നാം ചിത്രീട്ട് രണ്ടാക്കി തിരിക്കുക അതേമാതിരിയാവും മുഷാഹദക്ക് ശേഷമുള്ള മൊറാഖബ അല്ലെങ്കിൽ ആദ മുറാ ഈ കാദും ഹിമ ഒന്നാം ദിവസം എട്ടാം ജ്യൂസിൽ പേജിൽ പറഞ്ഞിട്ടുണ്ടത് ആ മുഷാഹദത്തിൻ ബാദമൊറാകബത്തിൻ അല്ലെ മൊറാകബക്ക് ശേഷമുള്ള മുഷാഹദുൽ ഹിസാൻ അതാണ് ഓക്കാമുൽസാൻ എല്ലാം എന്താക്കണം മുറാഖക്ക് മുഷാഹതയ്ക്ക് ശേഷമുള്ള മുറാക്കബെന്ന് പറഞ്ഞാൽ ആരിക്കണം തകല്ലിറങ്ങൾ അക്കേണ്ടി വരും തറക്കി സേറും തദല്ലി സേറൂല്ല തറക്കി സേറുകാരൻ മുറാക്കബക്ക് ശേഷം മുഷാഹത വരും തദല്ലി സേറുകാരണം എന്താക്കുന്നില്ല മുഷാഹദക്ക് ശേഷം മുറാക്കബ് വരും അങ്ങനെയുമ്പോ അപ്പൊ മറ്റേ ഭക്തകാരനെ രുചിയുണ്ടോ അത് മുമ്പുള്ള കേട്ടാ പറയുക പെട്ടെന്ന് ഓടാത്തത് നിങ്ങൾ പോകണം വറം ഇൻകാറു ബാലുനാസി എന്നാൽ ഇൻകാറുണ്ടല്ലോ ഈ ലഹുദിനെ കാലത്ത് ഇങ്ങനത്തെ ലഹുത് കേട്ടിട്ടേ ഇല്ല കാലത്തും ഇല്ല എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട് ഇൻകാർ അത് പറയുന്നു مربوظون انكار مرضو بعضهمون لانه كثير من الاثراحات وهذت بعد ضمان الصحابتي يتريو الاثراحات الصحابتين काल അതിനെ ശേഷം ഉണ്ടായിട്ടുണ്ടല്ലോ ಅದนน데 इतराമില്ലാത്തது वस्तु اميره ಅದಕ್ಕೆ भेजနေ ഇരുന്നുണ്ടല്ലോ ولم يره ولم ينكر ಅದนนinga ആയിപ്പെട്ടിട്ടില്ലല്ല അതിനാൽ ഇംഗറുന്നു كنحوي الحب തങ്ങളെ കണ്ടിനായ ഇതൊന്നും തങ്ങളുടെ കാലത്ത് ഇല്ലാത്തതാണ് വായില്ലാൻ എന്ന് മാത്രമല്ല മൂപ്പുറുന്ന പറയുന്നത് സഹാബത്തിന്റെ കാലത്ത് താപ്യങ്ങളുടെ കാലത്തൊക്കെ ഉണ്ടെന്നാ രണ്ടുപോയോർക്കുന്നു ഓരോ കാലത്തന്നെ ഉണ്ട് നോട്ടിക്കാട്ടും ഓരോതിന്റെ അനിവാര്യം പറഞ്ഞപ്പോഴും ആലഅീബിന്റെ സൈദ് എന്ന തിബാറു താപ്യങ്ങളിൽപ്പെട്ട മഹാനാണ് കുന്തായോനും മൗലിതല്ലിന്റെ ഞാൻ മൗലിത ഉണ്ടാക്കാതെ ചെയ്യാറുണ്ടായിരുന്നു അറിഞ്ഞു അപ്പൊണ്ട് മൗലിത എന്ന പേരിൽ തന്നെ അവരുടെ കാലം നടത്തലുണ്ടെന്ന് അത് ആടെ പരിഹരിച്ചതു ആളിവിനുതാ കാണില്ലാതാണ് രജനന്ദിഞ്ഞുണ്ട് ഓർ താമേൽപ്പെട്ട വലിയ പഴയ ആളുണ്ട് ഇഷ്ട ആവശ്യമുണ്ടല്ലോ അവരുടെ പേര് അലിവിനതും അതാ െന്ന് പറയുന്ന അന്നവർ സമിഹ് സദരി സ്ഥലപ്പ് സലപ്പുസ് ഇങ്ങളെ കാലത്തന്നെ കേട്ടിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അവർ പറയുന്നു ഇങ്കാറ് തന്നെ രണ്ടല്ലേ പറഞ്ഞത് ഒന്ന് നബീസ് അല്ലാത്ത കാലത്ത് ഇങ്ങനത്തെ പേര് പറഞ്ഞില്ല താങ്കളുടെ കാലത്തും അത് രണ്ടു മതോടി പറഞ്ഞു ഒന്ന് തങ്ങളെ കാലത്ത് അസലുണ്ടായിരുന്നു ഇസ്ലാ ഹാത്തി പിന്നിലുണ്ടായിക്കോട്ടെ അതിന്റെ കോലും ജയിലും മാറി വരണു രണ്ടാമത് സൂഫിന്നുള്ള പേര് തന്നെ തങ്ങളെ കാലത്തുണ്ട് ഓർ പറയുന്നു അതാ നദീബി പറയുന്നത് അന്നവർ സോമ്യാ സദി സല സർപ്പ് സാധനങ്ങളുടെ കാലത്ത് എന്നെ ഗെൽപ്പെട്ടിട്ടുണ്ട് തെളിവെന്താ പക്കതു കാലം ഹസൻ ബസരി പറഞ്ഞിട്ടുണ്ട് സോഫിയൻ ഞാനൊരു സൂഫിനെ കണ്ട മൂർത്തി ഞാൻ എന്തോന്ന് കൊടുത്തപ്പോൾ സ്വീകരിച്ചില്ല ഹസൻ ബസരിയാ പറയുന്നു ഞാൻ സൂഫിനെ കണ്ടു അപ്പൊ ഹസൻ ബസരിയാ കാലത്താണ് മുപ്പത്തൊന്നോളം സഹാബത്തിനോട് കണ്ടിട്ടുണ്ട് അപ്പോൾ സൂഫിന്നല്ല പുറകെ ഏത് കാലത്തും സഹാബത്തിന്റെ താപ്യങ്ങൾ അടുത്ത കാലത്തുണ്ട് ഒന്നല്ലോസൻ ഹസൻത്തിൽ പെട്ടവരാണ് സഹാബ സഹാബത്തിൽപ്പെട്ട പലരെയും ഒരു കണ്ടിട്ടുണ്ട് റൂപറ കാലത്ത് തന്നെ ഈ സൂഫിന്നുള്ള പേര് പ്രയോഗിക്കാറുണ്ട് എന്നുള്ളതിന് തെളിവായി അപ്പൊ രണ്ടു മറുപടി ഒന്നിക്ക് പുതിയ സുരാഹൻ വെച്ചോ അങ്ങനെ അങ്ങനെ പലതും പിടതിർക്കാനുണ്ടാവും മദ്രാസ ടെസ്നീമ് ബെല്ലടിക്കലി ആതിരോട്ടിക അർവിളജ് കിട്ടാർ നിർത്തലി മാലിവാദലി സർഹവദലി സർഹകലി കോട്ട് കൊടുക്കൽ കോട്ടുനല്ല കോട്ട് കൊടുക്കലി എല്ലാം നമ്മളെ കാലത്തുണ്ട് എല്ലാത്തിനും എന്നു മാത്രം എതിർക്കണമെങ്കിൽ എന്നാ പോട്ടെ തങ്ങളെ കാലത്ത് തന്നെ ഉണ്ടോ എന്ന് നൽകി ചേരാൻ തോന്നുന്നത് ൾ പറഞ്ഞല്ലോ ബൽക്കാൻ അനുവാഹു ബൈത്തല്ലേ അച്ഛന അധികം ബൽക്കാൻ അനുവദിനി കണിയില്ലേ അതിന് പിന്നെ റാഹിത്തിൽ പറഞ്ഞ മറുപടി ഇനി പറയാനുള്ളു ഓരോ ബൈത്തുണ്ടാക്കാൻ ചിപ്പത്തെന്ന് വെച്ചാൽ കാലെ അവതരിപ്പിക്കാൻ നോക്കിയല്ലോ അതുകൊണ്ട് ചില്ലറ പന്തി അടക്കുന്നില്ല ബൈത്ത് ഉണ്ടാക്കുമ്പോ ചില്ലറ പന്തി കിടക്കാൻ വന്നാല് കേസിന്റെ വട്ടൊന്നുമല്ല കാരെ അവതരിപ്പിക്കാനുള്ള ഒരു പാട്ട് മാത്രമേ കണ്ടു അപ്പൊ ഞാൻ ഈ അന്നത്തസവരല്ല അവര് അവൻ ജലീതൻ തസവ പച്ചപുടിച്ച് നല്ല പൂർണമായിട്ടിങ്ങനെ ജലിക്കുന്ന സാധനമായിരുന്നു ഒരു കാലത്ത് ഈ കുറവ് നൂരി ലഭിച്ച് സ്വല്ലം നൂറുമായിട്ട് അടുത്ത എണ്ണത്താലേ എന്തുകൊണ്ട് പക്കാന അക്കല്ലു ശൈലി തായിബു അതുകൊണ്ട് തസവത്തിൽ പെട്ടവർ അക്കല്ലു ശൈലായാൽ മതി അപ്പം നിന്നെന്താക്കുന്നതി അത് ഉടാനത് സജീവമാക്കിക്കളി ചെറിയ രക്ഷ വളർത്തനേ കൊണ്ടു അപ്പോഴൊക്കെ നാളെ സജീവമായി ഇന്ന് നേരം മുഴത്തും ഇന്നേരാവളം പറഞ്ഞു പറഞ്ഞാലും അപ്പൊ തസവ ചെറിയൊരു കത്തിക്കലേ കൊണ്ടു അല്ല കുഴൽ കുടിക്കാത്തിൽ ഇത്തക്കില്ലാ സപ്പങ്ങൾ മാത്രമേ ഇല്ലാതെ അയാൾ തോന്നി പെട്ടിച്ച് പോയില്ലായിരുന്നു അത് ഞാൻ പറഞ്ഞ പൂവെള്ള നോക്കുമ്പോൾ തൂക്കിയില്ല ആരീസം എടുത്തിട്ട് മൂറ്റിച്ചില്ലാതെ മസാല ഒക്കെ തെളിഞ്ഞൊണ്ടു തരാം മസാല ഞാൻ കുറിച്ചു തന്നെ അവരൊന്നും പറഞ്ഞു തണു കുറെ വിട്ടില്ല മാത്രമെന്ന് ഇങ്ങനെ കുറിച്ചെടുക്കന്നെ രാജീസിന് കിട്ടുന്നെ ഞാൻ വന്നു പറഞ്ഞില്ലേ നിങ്ങളേ വിളിച്ചെന്ന് ശൈമിന് തസവത്തിൽപ്പെട്ട ചെറിയൊന്ന് ഒരല്പമുണ്ടായാത്ത നയ്യൂന്നുള്ള സാഹിബു ചുമ്മുഹു കാളം വീണ്ടും കല്ല മുജൂടെ മുജൂതെല്ലാം ചുരുങ്ങി ഞമ്മക്കത് കിട്ടിയത് ഹസമോ പൊട്ടിപ്പൊളിഞ്ഞു പോകുന്നത് തുടർബം തന്നെ പൊട്ടി നന്ദി പോകുന്നു തൊണ്ടതുണ്ടായിട്ട് ഒന്നും എടുക്കാനില്ല പക്ഷെങ്കിലും ലാക്കിന്നവും എത്ര പേര് എന്നാലും മേഞ്ഞു നിന്നാൻ പറ്റൂ ഇപ്പൊ തൽക്കാലം നിന്നാനെല്ലാം പറ്റൂന്നു പറയുന്നു പറ്റ പോയെങ്കിലും തൽക്കാലം മേഞ്ഞിട്ട് ഇതിനൊക്കെ പറ്റൂ കൊള്ളായില്ല പൊട്ടി ചോക്കണ്ടല്ലോ ഇരുന്നില്ലേമ്മോ ഞാൻ തുന്നിപ്പൂട്ടി തുണി പറയുന്നുണ്ട് ആ അത് തന്നിപ്പിക്കാം ആ പച്ച പിടിച്ചിട്ടില്ലെങ്കിലും ഏതെടുത്താൽ അവലീ ഒന്നാമത്തേ അതായത് തങ്ങളുടെ കാലത്തുള്ളത് മേഞ്ഞ് തിന്നാൻ പറ്റുന്ന ലോണം അതുപോലെ തന്നെ ഇതിന് മേഞ്ഞു തിന്നാ പച്ച അപ്പം തെളിയിട്ടില്ല അപ്പൊ ഒന്നാമതിന് അപ്പം തിരിച്ചുണ്ടെന്ന് പറഞ്ഞോ കാലം കഴിഞ്ഞെന്ന് വെച്ചിട്ട് മോശമൊന്നും പറയണ്ട ya ni anna haqayqatu hum lam taghayyad indin hakikatinu matam vandilla adhedu galathum undu wa in taghirta ayyanu wadaininu chalapandengil matam vandundava adu unda paal aamalu adu guntha samoppondulla amale nam ya ulqati adu mungati ayitilla pakshe aayadam da hakinu saara wadiban uril garib wa ayin mathare lu wa akhiruhu adin ahil garu uraba wa ayil അതാ ആദ്യ പത്തൊമ്പത് മുതൽ ഇരുപത്തിനാലാമത്തെ പേജ് വരെ നോക്കുക എന്ന് പന്ത്രണ്ട് മോദിക്കു പത്തൊമ്പതാമത്തെ പേജ് മുൻ ഇരുപത്തിനാലാമത്തെ പേജ് വരെ പന്ത് പറഞ്ഞല്ലോ അതിന് ചിലർ അംശങ്ങള് മാത്രമേല്ലോ നദീന്ന് പറഞ്ഞത് അതുകൊണ്ട് ഏതായാലും ആ ഗരീബായ ആളുകൾക്ക് തൂപാ തന്നെ അതുകൊണ്ട് നിരാശപ്പെടാനൊന്നുമില്ല وحيذا تقوى وحنها خارقه لم تتغير افاده حقيقتن ما تم ونت لا نوطا لما ما بل عمل به عمل الوجوب ايذا كما بارذا في فصلت الطريق قال قومي تلقا يمنا اذل كتابو قيلوا والسنا അതുകൊണ്ട് അൽ ഖൗമിന്റെ തരീഖന നീ പിൻബറ്റിക്കോ ന തൽഖ യмна ഒത്തിനെ ബറക്കത്ത് നിനക്ക് അർത്ഥമാക്കാൻ കഴിയും കാരണം എന്താണോ ഇതിൽ കിതാബോ കിതാബും സുന്നത്തും കവിതോ അതിനെ ശരിക്ക് തടഞ്ഞിട്ടുണ്ട് കിതാബും സുന്നത്തിന്റെ വലയത്തിലാണത് നിക്കുന്നത് എന്ന് പറഞ്ഞു അതിനകത്ത് പറഞ്ഞു അസുഹാബ് സുബത്താർ സഹാബത്തിന്റെ ജീവിതമാണ് ഇതിന്റെ കോപ്പി എന്നെ പറഞ്ഞത് അതുകൊണ്ട് ഇതിൽ കിതാബു കയ്യൂവ് എന്നെ വായിക്കണം വയ്ക്കും ഫസ്റ്റ് ലുക്ക് നീ പ്രവേശിക്കണം തരീക്കൽക്കോമി മേൽപറയപ്പെട്ട അൽക്കൊമ്മിന്റെ തരീക്കൽ നീ ഒന്ന് പ്രവേശിക്കണം തൽക്കാന് നീ കണ്ടുമുട്ടും യുനഹു അതിന്റെ വറക്കത്ത് നീ കണ്ടുമുട്ടും എന്നാ പറഞ്ഞത് അത് പ്രത്യേക ഒരു അനുഗ്രഹം തന്നെയാണ് ഇത് കാണാം മൂബ്രേരിപ്പിച്ചല്ലോ ಅದ ಮೀರ್ನವನ ಪ್ರೇರಿಪಿಚ ಅದಿನ ಕಾರಣವಾರೆ ಇದೆಲ್ ಕಿತಾಬು ಕೈದಹೋ ವಸುನ್ನಾ ಕಿತಾಬು ಅಸುನ್ನತ್ತು ಅದಲೇ ಕೈದಾಕಿದು ಅದನ್ನ ವರಯಕ್ಕೆ ಪೋರ್ತು ಹೋಗಿದಲ್ಲ ಕಿತಾಬು ಅಸುನ್ನತ್ತು ಅದಲೇ ಕೈದಾಕಿದು ಅಳ ತರತ ಹೋಗಿ ಇಕ್ಕೋ ಪೋರ್ತು ಅರೆ ಅರ್ಥನ ಅಲ್ ಜುಮ್ನು ತಲ್ಕ ಯುನ್ನಾ ನ ಅದಾ ಅಲ್ ಬರ್ಕತ್ತು ವಲ್ ಖೈರು ನ ಅರ್ಥ ಜುಶೀರ್ ಉಪರ ಬವರದ ಇನಾ ಅನ್ ತಾರಿಖಲ್ ಕೌಮಿ ಮೈಮೂನತುನ್ ಮುಬಾರಕತ್ತು മനസ്സിൽ ഇത് മോണം എന്ന ആ പത്ത് കാണിക്കുന്ന സത്യസന്ധത ആ ഒന്നിലും പോണം ഒന്ന് ആളിനെ ആരോപോപിക്കാൻ മുന്നിൽ കുടിക്കുകയാണ് ഇല്ല പിന്നോ അതിന്റെ തോമിനെയും അവരുടെ സ്നേഹിക്കാം ഏത്രോളവാടില്ല പിന്നെ അതിന്റെ ആകാമകൾ പാലിക്കുന്ന വിധി നല്ലവണ്ണം ഇതിഹാസം ജിദ്ദും ഇതിഹാസം തുറന്നെ ഈ നാല് ജാതി ഒപ്പിച്ചുകൊണ്ട് അതിന്റെ ഭരക്കത്ത് അവനെത്തിക്കുന്നു ഈ മറക്കത്തെത്തിക്കാൻ എന്തൊന്നുണ്ടാവും കച്ചവടം നിലവെന്ന് കിട്ടുന്നാണോ അല്ല കോപ്പ് കുറേ പോകുന്നാണോ ഓ മറക്കത്തുഹ അതിനുള്ള ഭറക്കത്ത് കിട്ടാൻ എന്ന് പറഞ്ഞാൽ ഈ തമറത്തുഹ അതുകൊണ്ടുണ്ടാവുന്ന തമറത്ത് എന്താണോ അത് അപ്പം പിന്നെ പിന്നെ കുമ്മീനെത്തി നെറ്റായി സ്ഥലമാണ് അതിന്റെ മറക്കത്തുനിന്ന് പറഞ്ഞത് അബൂ ജുഗന്ത തമരത്തു വതമാത്ഹാ അദറി തമരത്തു എന്ന് പറഞ്ഞതെന്നാ മാ ഇൻതി മിന്നാ ബി മഖാബിൽ അഖലാഖ് വമാനിഫത്തിൽ ഖല്ലാ മഹത്തായ സൽ സ്വഭാവങ്ങൾ അനിൽ നി ഉദരെടുക്കൂ ഇന്നെ ഖല്ലാഫാ അല്ലാഹു മആബിത്തുള്ള റഹ്തമാകും അതാണ് ഏത് ഏത് തമരത്തു ആ തമരത്തു കിട്ടലാണ് ബർക്കത്തു കിട്ടൽ എന്ന് അറിയുന്നത് അർത്ഥം വഖീല ഒരു മറ്റൊരു കേഇല ഉണ്ടേ ദി ബർക്കത്തിനെ മാനാ تمروت واضنه تمرته انه والله سقابه النوت وسلامه الصدور وحسن الخلق باذن الله لطيف الله بالين نورمان جيان الاحكام اعذار من باب لفظي راني اقول نوكاد عند انو ننركني مدوانك انت لما قلت ارود من لا ردي يجتيل لا بقدره اصله الا كلامك تقول انت اللي كان ذاك انا مكافل الله بلاك تنونن அறுப்பு న్యాయం పరనేంద ఇదీ కితాబు కైన హో సున్నానల్లా కితాబు సున్నతుమ అబ వెలైజేదిరికేయా లా ఇదల్ కితాబు కైదహో సున్నాషారబి హీలా కఅల్ జునైద్ రబ్బియల్లాహ్ అల్లాహ్ తౌదీఖ తౌరీసికు దేర్ రబ్బియల్లాహ్ అల్లాహ్ వనది ఇల్మునా హదా ముబయ్యదుల్ కితాబి వస్ సున్న నమడ ఇల్ము ముడువుది కితాబు కొన్న సున్నతు కొన్న బదికు పతగావును అది నినిగొట్టువా ఇదెల్ల అలా అర్ని وقال لم يطعئ الحديث ولكن الحديث جتتا الا و اجاني الفقهاء فقاهيونවවන් મુજાલસા જેદ સાહબસી કુડીતില്ല ઇલતે વૈકદ અદબહુ અલ મુતાબ્બિન મુતાબ્બિન અલ અદબ સિદ્ધિચોર વકલ્લે જીવિતને અદબ પુડിച്ചിરતત ઇલલ ઇત્તબ વનતબહુ അവલ બિંમતનાલા આગ બબદાકીતંડાવ અબ બિંમત પડનાાળી વેંદોણ એ પરમપટ જોગી દેવો રાઆદમ હદીસલે દીસ રિવણમ ફકહાવુ માઈટના બબદમ પાણો സ്വസാദ് അതൊന്ന് കുടിച്ചെടുത്ത് ജീവിതത്തിൽ പ്രാവൃത്തിയും വേണം അങ്ങനത്തെ ആളെ അല്ലാത്ത ആളെ പിൻവച്ചാൻ എന്താകും കുട്ടബിജങ്ങൾക്ക് പ്രസാദുണ്ടായിട്ട് അറിഞ്ഞു രണ്ട് തമിഴുവിന് അതിന്റെ പറയുന്നു വനിയറ്റ് ഒസൂ നമ്മുടെ വസൂരിന എടുക്കപ്പെട്ടിട്ടുള്ളത് അല്ല കിട്ടത്തി ആറ് പിൻവലം വരാതെ നമ്മൾ തരം കിട്ടിയിട്ടുള്ളതെന്നാണ് പറഞ്ഞു ഇപ്പം മൂന്നേ അതെന്നെ അറിയത്തില്ല ഒന്ന് കിട്ടാറുള്ള ഇവ തൊല്ലത്തിൽ വത്തൂരി രണ്ട് വാക്കിൽഹന ഹലാ അതൊക്കെ പറഞ്ഞാ മൂന്ന് കപ്പില്ല നമ്മളെ കൊണ്ട് ആർക്കും ഒരു ചെല്ലിണ്ടാകാൻ പറഞ്ഞ നമ്മുടെ നാടുകൊണ്ടോ പ്രവർത്തന കൊണ്ടോ ആർക്കും ഇവരെ കൊണ്ടൊരു ചെല്ലി ഇല്ലാന്ന് കപ്പുണ്ടതാ മനുഷ്യനില്ലാത്ത അലങ്ങോന്നു പറയാതാ ഉത് കഴിഞ്ഞിട്ട് ഒന്ന് അതാ ഉൽഹേ അപ്പൊ നേരത്തെ പറഞ്ഞ മൂന്നും ഇതിന് പുറമേ മൂന്ന് ഇപ്പൊ അമ്മ പറഞ്ഞു അമ്മാസീത മോദിയുടെ പുതിച്ചു അവർക്കന്മാർ തമ്മിൽ എന്തോ ഉണ്ടാവുന്നത് അപ്പൊ പിന്നീട് ഈ ഇല്ലാത്ത പിച്ചുംബൈ എന്താ പറഞ്ഞത് ആരോ കെട്ടിണ്ടാക്കി എന്ന് പറഞ്ഞു അവൻ ഞാൻ മാർക്ക വാദങ്ങളല്ല ഓറെ പേരും ഇപ്പം തന്നെ പിച്ചുംബക്കുന്നില്ലല്ലോ وقال ابو ثماله عن عبد القاسم النصرابي رضي الله عنه وعن عبد الله بن عبد الله عند الاثلام دعوا عدم الكتاب والسنه وتركوا الهوى في البدعه ان لم تره هبوا لهم ادم ببدعه لي موافقا لغنو لا ينه حرمه من متاعتي متاعكم رحمه بتعليماتنا യും പടപ്പുകൾക്ക് വല്ല പലതും പല കുറേ വരും അതിനൊക്കെ ഇതിന് കാണുക കണ്ടെയ്നർ കണ്ടെയ്നർ കണ്ടെയ്നർ വിമർശിക്കാനും കണ്ടെയ്നറിൽ ആചേപിച്ചാൽ അതും ശക്തമാക്കി ബുക്കിയെടുത്താൽ ജീവിച്ച് പോവുകയും ആ കണ്ടെയ്നർ നിങ്ങൾ ഒരു കണ്ടെത്താക്കി അല്ല ഔറാദ് ഔറാദിന്റെ മേരിൽ ഷെയ്ഖ് എല്ലാം നിർദ്ദേശിച്ചുകൊടുത്ത മൊതായിട്ടുണ്ടല്ലോ അതാണ് ഔറാദ് എന്ന് ഒഴിവാക്കുക വൃത്തിയുറ്റ കിട്ടുന്ന പല ആനുകൂല്യം ഉണ്ടാവില്ല അതെല്ലാം കൂടെ ഒഴിവാക്കണം കർശനമായ നിലപാട് കൈക്കൊള്ളണം തനിവീടാത്തോളും അത് അങ്ങനെ രീതിയിൽ കൊടുക്കാൻ ഇങ്ങനെയാക്കാം ഇങ്ങനെയാക്കാം എന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പല കോമഡികൾ കണ്ടത്തേ ഒന്നും പറഞ്ഞു പറഞ്ഞില്ലോ ഇനി സാരി മൈന്ന് കൊൽത്തു ഹറ അല്ലാ تحليل عاملين هذه المساله اي مساله توفي عكل بذات الله الا ادي تنور ما تي الله لو 잡ता अवे पेतेस अबू इस्हाक के चाचा ने रदियल्लाहु अन्हु इस مساله तरीक से क्लियर आ की तो और حسب ما نكره هو की रिद्द रिद्द इमोप्रडल के लिए भी तामीद वेरा फरआयना نقله بطوهي ادم اमीन इबारता करना तरह ने करना चाहिए हम कात्रिकु لماذا فهمت الفضائل؟ هذا بحيث تفايل <متحدث> اندو واندو ماند ايبارتها ايكوة اندو اندن نكريدتا مهم برئ قال <سؤال> رضي الله عندي ابو الساك تاريخ اللي قال رضي الله عندي هذا وضع أسوله هو كل ما عمل به المتصرف المعتبرون في هذا السنيني يقول كل ما عمل به المتصرفت تصوف اللي نداك المال عمل سيده الملومن എങ്ങനത്തെ അതിൽ മുഴക്കമറൂനീഹാദ ഈ ഇതിൽ കണക്കിലെടുക്കാൻ പറ്റുന്ന തരത്തിലൊരു നേതാക്കന്മാരായവർ അതേപോലെ ജുലൈ തുറന്നി അമ്പാ പോലെ ചെയ്ത ആളുകൾ ചെയ്തത് മുഴുവനും അത് മുറത്തതാ ലാ യസരൂ അതൊഴിവല്ല ഇമ്മ യസുലും ഇമ്മത്തലഹോ അച്ഛനും ശരി അതിൽ അതിന് കാര്യമാണത് അച്ഛന് സുഖത്തായതാകാം ഒന്നിക്കരുത് അല്ലെങ്കിൽ അച്ഛന് ചിലപ്പോ കിട്ടിയില്ലാതെ രണ്ട് കയ്യിലുണ്ടാവുന്നു ഒന്നിക്കിൽ അത് നേർക്കുന്നില്ലെങ്കിൽ ഇല്ല എന്നു അവിടെ സഹത്താവിനെ പുലപ്പാവുന്നുണ്ടത് വന്നത് ഭാഗത്ത ഓടിയോ വരണ്ടി ഭാഗത്ത് അവിടെ ബന്ധപ്പെട്ടു പോലെ ചീജി അത് വേണ്ടി അവരുടെ ബന്ധമില്ല അവിടെ നിന്ന് കൊലപ്പാ ഓന്ന് പഹൽ ഭയങ്കര മനോപ്പിക്കാം അതോടെയോ വേണ്ട ഈ പറഞ്ഞ അങ്ങോട്ട് നോക്കും മടന്ന് പറഞ്ഞിട്ടുണ്ടോ ഇതൊക്കെ നടക്കോട്ടെ ജുനീദ പോരാട്ട ഏതൊക്കെ മാർ ഫൈന അതിന് ശെരിയത്തിനെ അച്ഛന് നമുക്ക് സുമൂത്തായി കാണും അല്ലെങ്കിൽ കാണും രണ്ടാം ഒന്നിനി ഇല്ലം ഞോ അച് ശരിയത്തിൽ വളരെ അച്ല്ലേ എന്നാ പല അമലയാണ് ഈ അതിന് അങ്ങനെ വേണ്ട ജയിൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നില്ല അമ്മ ചെയ്യുന്നു അവിടെ അവരില്ലാന്നു പിന്നെ അന്നത്തുന്ന എല്ലാ ഐമത്തിനെതിരെയും സുന്നത്താമസം ജാ ഐമത്തിനെ കൊണ്ട് സുന്നത്തുണ്ടാവില്ല സുന്നത്ത് അങ്ങോട്ട് ഉജ്ജത്താന്ന് ഇല്ലാത്ത വർഷം അവരില്ലെന്നു പറഞ്ഞു അപ്പൊ അത്രയാന്നു അപ്പൊ കണ്ണും ചെയ്യുമ്പോഴും അമനുഅൻ അല സുന്നത്തിനെതിരെ ഒരാളെ പുറമെത്തനുണ്ടാവില്ല തിരിച്ചു വെച്ചിട്ട് അവരില്ല മുടക്കാരുടെ കോലിന്ന് മറ്റോടെ കോഴിലുണ്ടെന്ന് പറഞ്ഞാൽ തെളിവെടുക്കൂലോന്നു കൊടുക്കുന്നുണ്ട് നിങ്ങൾ തെളിവുന്നേയും കൊണ്ടാന്നല്ലാണ്ട് കുലാൻ പറഞ്ഞു ആൾക്കാർ കല്ലേ ഇവിടെ പത്തർക്കാണെന്ന് പറഞ്ഞാൽ തെളിഞ്ഞെടുക്കൂല അതിന് കാരണം പറഞ്ഞില്ല എന്റെ സുന്നത്തും ആറ്റോന്നിനാണ് കത്തത് നബീസൊള്ളമാണത് നമ്മെത്തെ വിഷയത്തില് വളരെ വന്നുണ്ട് ാക്കപ്പെട്ടതാണ് ആ തുന്ന താഹിബാരാണെന്ന് മാനസൂമു തൈമത്ത് മറ്റുള്ള അയിമത്തിനെല്ലാം തത്മത്തിനും ഇല്ലെന്നോർന്നുണ്ടിസ്മുണ്ടായാലേ വിറ്റു എന്നുള്ളതില്ല ഇല്ല മരിസിയും ഇജ്മ ആയാലിരിക്കുകയായിരുന്നു ഒറ്റക്കൊറ്റക്ക് ഇജ്മ ആയാൽ ഗവൺമെന്റ് ഓരോ നൂലെടുക്കും ഈ നൂലിന് പൊതുവേ ഇല്ല തീരോടും പറയാനാണ് ചെറുക്കും ഈ നൂല് കൂടുമ്പോ ആവാർക്കെ യജുമാക്കിയെ നല്ല ഉറപ്പാണ് ഞാൻ കൊടുത്തു അഹിമത്തിന് ഇജിമായ വന്നാലും മധുര ഇജുമാ ഇല്ലാത്ത കാലത്തോളം ഇല്ല ഈസ്മത്തില്ലാതെ അപ്പം വൈദ്യുതി വന്നു കഴിഞ്ഞാൽ അമ്മ ഇജിമാവും അവർ ഇജുമായ അപ്പൊ സൂപ്പിയു അപ്പൊ സൂഫിയാക്കണം തൊരിയും മറ്റൊരു ലൈമത്തിനെ പോലെ തന്നെയാകുന്നു സൂഫിയാണി പ്രത്യേകിച്ച് അവർക്കൊന്നുമില്ലാത്തൊരു പദവി ഏകദേശം ഇല്ലെന്നാണ് സൂഫിയാക്കുന്നത് തന്നെയാണല്ലോ ഷാഫി മുഹമ്മദ് തൂഫിയല്ല ഷാഫി മുഹമ്മദ് സൂഫിയല്ലാന്നിപ്പാണ് അന്താനിറങ്ങി എന്ന പാർട്ടിയെല്ലാം പറഞ്ഞില്ല ഇപ്പം പറയുന്ന ഓരോ പാർട്ടി ഒരു സൗത്തി അപ്പൊ ഏ അന്തർകാല ജീനാനിങ്ങൾക്ക് സുഹൃത്തുണ്ടെങ്കിൽ ചാർട്ടി പറഞ്ഞു ഇല്ലാന്നാണ് പാർട്ടിയിൽ നിന്ന് മനസ്സിലാക്കി കഷ്ടം ആരാധിക്കും മറുപടിയാണ് അപാനിമാ പറഞ്ഞത് അത് അയിമ്പത്തെല്ലാം രൂപ നിങ്ങൾ മനസ്സിലാക്കേണ്ട സൂര്യക്കളെല്ലാം മനസ്സിലാക്കണ്ടാണ് اذن انا اوپر بتاکی دی مغضوم نغل وها انما تومت تا فی انی ولهی كانوا علی عقد انتقالكم ودا سوفیا ترکو فرمایا پٹا 6 کارینل اور نہ ادک مار گنے ادت کتن ಮಾತ್ರ اللہن ورن زہود و صلاحم العباده علمهم یذو اقبال فی عتب الملک لملک لقد الفطاحه فی مصالح دیننا و غیراتهم بتفکر رب الذلان ിയോ ബക്കീ അല്ലാത്ത ഗോപിയല്ലാത്ത ബക്കിയല്ല പക്കിയല്ലാത്ത ഗോഫിയല്ലോ കാരണം ഏറ്റാമുതാനി സാലാണ് ഈ ഒരു ചെറവോർക്കുണ്ട് അവരെ പോലെ ുംബീ എല്ലാം സംഭവിക്കാം هذا هو أنت تقول لك أنه لا يمكن أن تقول لك إنه لا يمكن أن تقول لك ما سيطر بنا سبيل بنا سبيل بنا سبيل بنا سبيل بنا لديه أكثر من محرم بنا وقرر بنا وكذلك قال النماء ولماء كالما دوران سمين ولا كل كلام منه كل كلام منه منه أذل فتا شددند مقبولند ومرضود مرضود منه അതിനോക്കണ്ടം വള്ളി വേദമൊം മകനീന്ന് പറയുമ്പോഴേക്കോ ഇഷ്മിൽ പെട്ട ചിലതും ചില മകനീന്ന് പറഞ്ഞോ പുല്ലു കലാമിൻ മീൻകു എന്നോട്ട് നടക്കരുത് കൊല്ലുകലാമിൻ എല്ലാ കലാമും മീൻഗു ആ കലാമിൽ പെട്ട ചിലതുണ്ട് മക്കമ്പോലുണ്ട് ചിലത് വർദ്ധിണ്ട് എല്ലാ കനമിരമീനിന്നും ആയ കലാമൊഴികൻ അതിൽ മക്കമൂലേ ഉള്ളു മറന്നൂലില്ല ീമാം അതിന് വധഗോലെ കക്രിയാക്കേണ്ടി മുമ്പ് ഇച്ചാലിരിക്കും പറയുന്നു കാലാന്ന തീരാന്ന് നല്ലത് അങ്ങനെ കാല കാലാ എന്ന് പറഞ്ഞത് അത് നോക്കണം ആ കുശേരി മാർക്കെങ്ങനെയാണോ കുശേനോട് ചോദിക്കപ്പെട്ട് വലിയ മാറ്റം ആകുന്ന ചോദ്യം അതിന് മറുപടി അമ്മാൻ വജൂബായ മാറ്റം ആകുന്നോ നിങ്ങളെ ചോദ്യം അമ്മാക്കൂറിനൊപ്പിൽ അമ്പിയാക്കലുള്ള പോലെ അങ്ങനെ ഉണ്ടായിക്കൊണ്ടെന്നില്ല ഇസ്മത്ത് വാജിമല്ലേ അമ്പിയാക്കൾക്ക് അങ്ങനെയുള്ള ചോദ്യമാണോ അത് ഇല്ല അപ്പൊ നിണ്ട് മനസ്സീത്വവും കത്തവും നിസ്ത്യേകവും എല്ലാം വരാൻ തോന്നുന്നു അമ്മാക്കൂനക്കോ അപ്പൊ മയപ്പോ നാളുകാ എന്നാലൊക്കെ ആണോ നിങ്ങൾ ചോദിക്കുന്നത് ഹത്താലായിട്ട് നാലാത്ത രൂപ സംഭവിച്ച അതുപോലെ ഓർക്കൂല എന്നുള്ളതിലൊക്കെയാണോ അപ്പൊ അപവാത്തും തന്നാത്ത ആപാത്ത പരാജയാലിക്കുന്നത് അപ്പൊക്കിയാക്കുന്ന നിയമപ്രകാരം അത് ഒൻ തന്നെയല്ല എന്നറയും നോക്കൂ വന്ന ഉടനെല്ലാത്ത ചെയ്യും അപവാത്തും അർദ്ധറ്റ് അവർ തെറ്റെന്ന് പല കാര്യങ്ങൾ തെറ്റാ പറഞ്ഞു അത് സംഭവിക്കാം ജുനൈദ് ചോദിക്കപ്പെട്ട് അരിഫോ യി ഒരാരി എന്താമ്മ മറുപടി എടുക്കുക അപ്പൊ അത്തരത്തെ പറഞ്ഞു കതറമ്മൂരി അള്ളാഹു എന്റെ കഥ എന്താ താപിക്കാൻ അതുകൂടെ നടക്കുന്ന ോട്ടെ ഇപ്പോൾ ലാണിൽ ചെടി നാലിൽ നോക്കുന്നുണ്ടോ പാത്തി നോക്കുന്നു തുറക്കത്തില്ലേ അജിസപ്പണം തമുറുക്കിനായ അജിതക്കണമെന്ന് ഈ തമുറുക്കിന്റെ വയ്യത്ത് വാങ്ങി തന്നെ മോദിയ ലോഡ് കഴിഞ്ഞാൽ പട്ടാഖ്യത്തിന് പൊതുവേട്ടെത്തും ണ്ടാവും ഇപ്പുറം നമുക്ക് എന്നാണോ ഒന്നാം ക്ലാസ്സിൽ അല്പം പാലം പഠിപ്പിച്ച അടിസ്ഥാനമാണ് ഇന്ന് ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് പ്രമുഖർത്തില്ല പറ്റ ടീച്ചർ എന്താക്കി ബാക്കിയും മുതലേ എമ്മയായിട്ട് വീടുക ആയിട്ട് വന്നിട്ടുണ്ട് ഇന്നൊരു വായ്പിൽ പറഞ്ഞു അതുകൊണ്ട് എനിക്ക് തലയോടങ്കി തന്നിട്ട് ചേച്ചാന്നതിനൊക്കെ മിന്നിട്ടവിടെ ബാക്കി വെക്കണം അത് വർക്കാൻ പറ്റൂലെന്ന് വായിപ്പിനുണ്ടെന്ന് പറഞ്ഞാലം ഒന്ന് കോടിക്ക് ഒരു മുക്കല്ലത്തിന് ആവശ്യമായ ആ രീതിയിൽ കിതാബ് ചിന്നത്ത് മുതലായ സംബന്ധിച്ച് നല്ല ഒരു പാഠിച്ച് ഉണ്ടായിരിക്കണം അപ്പൊ ഇന്ന് ഒരു തഹസിലായ പണ്ടി തന്നെ കോഴ്സം ഊപ്പറ് കിട്ടുകൾ ഇന്നത് മറ്റേന്നത് ഏതെങ്കിലും അദ്ദേഹത്തിനനുസരിച്ച് ചമ്മിൽ ചെയ്യേണ്ട എല്ലാ ആദ്യ മുഹൂർത്തി രാറുപും പുറമെല്ലാം വേറൊരു പുറം വെള്ളക്കത്തക്ക രീതിയിൽ അപ്പോൾ ഇന്നൊരു ഡിഗ്രി എടുത്താൽ സാധാരണ പള്ളി പ്രതിഭാന്നാർമികൾ ഒഴിച്ചു കൊണ്ടു കിതാബിനു കണ്ടപ്പോ ഇനി നിഷ്കാസങ്ങൾ രോഗിയിരിക്കുന്ന ആളായാൽ മതി നിഷ്കാസി മാറ്റന്ന് പാറ്റുകാകെ തോട്ടവനെ കഴിച്ചാലും അത്തൊരു തട്ട് വേദാനും കൂടാതെ കഴിയൂല പിന്നെ ദുഞ്ഞാവിനോടുള്ള കെരുത്ത് മുഹിക്കാത്താഴ്ച ദുസംഭാവണ്ടല്ലോ വളരെ ഗോവ അതിൽ പാട്ടാണ് ഹത്തത് മറ്റൊന്ന് ഹെൽത്ത് മറ്റൊന്ന് ഗൈപത്തിന്റെ നീമത്ത് പസാദ് ഉണ്ടാക്കാൻ സമയം കൊല്ലുന്ന പരിപാടികൾ പിന്നെ പാഴവക്കരി മറ്റുള്ള ആളാ ഈ ചോദിച്ചാൽ ബസാദിന്റെ പരിപാടി അതിന്റെ എല്ലാം ഒഴിഞ്ഞെത്തുന്ന ആളായിരിക്കണം അത് ബാസിന് ദൃശ്യങ്ങളാണല്ലോ ബദ്രണ്ടി മൂന്നും മൂന്നെണ്ണി ആ നാലാമത്തേത് ഇവയ്ക്ക് ഒരു കാര്യമായ ചെയ്ത് മനല്ല ഇതിന് ജാഗ്രസ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ മുൻപിട്ടിയ തവന ഈ വിഷയത്തിൽ ഓണിക്കൊരു അതോറിറ്റി വേണം പിന്നെ ഈ അതോറിറ്റിന്റെ വസ്തുവിനുസരിച്ചിട്ട് ഓൾ ശരിക്കും ടൈം തീപ്പിക്കുന്ന ആളായിട്ട് ചിട്ടയിൽ ജീവിക്കുന്ന ആളാകും അല്പത്തല്ല തമ്മിൽ കാഞ്ഞ സമാധി ഇന്നതിന് ഇന്ന് സമയം കൊടുക്കണം അത് പരിഗണിക്കുന്നില്ല ഈ കൃത്യനിഷ്ഠമില്ല തത്താഹുലി അത് വെച്ചില്ല ഈ അഞ്ചു ചെറുത്താൽ ില്ല സത്രിൽ ജമീൻ നടത്തുന്നതില്ല ഞങ്ങൾ മകനെ പോലും മജിത്തൈത് മജിത്താവണമെന്നൊന്നും സത്യത്തിൽ ഒന്നും നടത്തിയില്ല അങ്ങനെയാണ് ഇങ്ങനെ ജയിച്ചത് കണ്ടമാനം കണ്ടോ എല്ലാം പിടിച്ചാത്താണ് അയപ്ര തൊഴിലാക്കുന്നത് സഫലീ തൊഴിലാക്കുന്നത് മറ്റുള്ള ആളുകൾക്ക് തന്നെ ഒക്കെ ജാഹിതാകുന്നത് പോലെ തന്നെ ഇവരെയും ജാഹിജായി തന്നെ അതുകൊണ്ട് നമ്മളെ വലിയ വാജിപ് എന്താണ് അന്നിഫമാ ഹത്ത സംഭവിക്കൂല മുതാ തന്നെ ആവല്ലോ ഹത്ത സംഭവിക്കാത്ത വ്യക്തി ആവിടെ ഇക്താവിനെ തൊട്ട് എന്താകണം എപ്പോൾ ഇല്ല ഇതാ നഹറഫ് ഇസ്ലാമിൻ ആ ഇഖ്ദാന്റെ വിഷയത്തിൽ എനിക്ക് ഇഷ്കാല അതങ്ങനെ അംഗീകരിക്കപ്പെടുന്നു അന്ന് കണ്ണിനെ അംഗീകരിക്കാൻ പറ്റൂല ബുക്കും ഇടപാട് കുറ്റം പറയുകയാണോ വേണ്ടത് അല്ല ോ അതൊന്നും അവതരിപ്പിക്കണം അനിൽ കിതാബിന്റെ മേല് ഒത്തുനോക്കുക ഒത്തുനോക്കി പൊമാ കിതാബും സുന്ദോ കബി നമുക്കത് കബൂലാക്കു കിതബ് അംഗീകരിക്കാത്ത കാര്യണ്ടോ അല്ലെങ്കിൽ ഒഴിവാക്കണം പൊമാല നമ്മളെല്ലാ കാമീലു അല്ല അഖബാറി നമുക്ക് ദലീൽ അനുകൂലമായിട്ട് വന്നു ഏറ്റവും അല അക്കുമാലി സോഫിയ സോഫിയത് വായമാലിയ വായമാനുവാദത്തിൽ നടന്നു അപ്പൊ ഇത്തിമായ മരണമുണ്ട അല്ല അക്കുമാലി സോഫിയ വായമാലിയം എന്നല്ലാണ്ട് അല അക്കുമാലി സോഫിയെ വായമാലിയം എന്ന് പറയുമ്പോ ഇമാറത്ത് കുടുങ്ങിയില്ലേ നമ്മക്ക് അനുകൂലമാ നെടിയിൽ വന്നു ആർക്കെതിരെ അല അക്ബാലിബായ് സുഫി വായമാലി ഇമാറക്കെന്തോലും ഒരു ചേരായ്മു ഒന്നിക്കോഫിയ വായമാലി സോഫിയത്തിന്റെ കൗലി അവരുടെ അമരി ഇതിനെതിരായിട്ടെന്താ നമുക്ക് നെടിയിൽ വന്നു എന്നാൽ അറു ചിന്താണ്ട് നമുക്ക് എടുക്കാൻ പറ്റൂല അപ്രഘടനീതികളും അതായിട്ടില്ല അരോഗ്യ കഴിവുള്ള ആളാകണം വീതാലയ്ക്ക് അപ്രകാരമാണ് അവര ചേട്ടന്മാർ ഓരോന്നും മസ്തിമാർ ഞങ്ങൾ തന്നെയായിരുന്നു ിതാബ് ഇവ സുന്ന ഒരു സാഹിബുൽ ഇവർക്കുള്ള അഹബാറാണല്ലോ വജിദ് മുതലായവ ആ അങ്ങനെയുള്ള ആളുകൾ വക്കു വന്ന ഒന്ന് ചിലപ്പോ മഹങ്കോറി ചില പാട്ടെല്ലാം പാടിയിട്ടുണ്ടാകും ചിലപ്പോ സുഹൃദോറിക്ക് പാടിയിട്ടുണ്ടാകും ഒക്കെ വന്നവരൊക്കെ ഉണ്ടാകണം വലൂമിനാലും അഹബാനും പസുമുകളാലും കിട്ടിയതെല്ലാം ജോലി അനൽ കിതാബ് ഇവ സുന്നവരിപ്പിക്കപ്പെടില്ല എന്നിട്ടോ കിതാബും സുന്നത്ത കപൂലാക്കുന്നത് തിരക്കടില്ല الناس يقول لنا وإلا يقول لك إن الله لم يصحا هذا صحيح وإلا نوره ثم قال في النور برئيه نور إذا نرتقي رسومهم التي حدوها وأعمالهم التي امتازوا بها عن غيرهم بحسب تحسير المني والتماس حسن المخارج ولم تعرف له مخرجا فالبعض بالتوقف عن الاتذاء والعمل നീ നോക്കി അവരുടെ ചില നിയമാവലികൾ സോഫ്യത്തിന് ഓരോ തരത്തിലവലികൾ കാണും അങ്ങനത്തെ നിയമാവലികൾ അതവിടെ ഓരോ ഹർജായി നിശ്ചയിച്ചിട്ടുണ്ട് ഓരോ വകുപ്പാക്കി നിശ്ചയിച്ചിട്ടുണ്ട് ഞാൻ അമാലിയും അവരുടെ പ്രത്യേക അമലുകളിലും അല്ല തീ ഇങ്ങനെ ഇതാ അതുകൊണ്ട് അവർ വേറിൽ നിൽക്കുന്ന മറ്റുള്ള ആണെങ്കിൽ നിന്ന് വേറെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ചില പ്രത്യേക ചില അമലുകൾ ഇതെല്ലാം അതെങ്ങനെയാ ബി ഹസ്ബി നീ നോക്കി ബി ഹസ്ബിദ് നല്ലി ഋസുനും നല്ലിന്റെ ജാനപിൽ കൂടി ഇത് നല്ല ജാപനാണല്ലോ ഇതിലൊക്കെ നല്ല ഒരു മഹാറജ് കണ്ടെത്തണം തെടി പിടിക്കണം എന്നുള്ള നിലക്ക് നീ എന്താക്കി നോക്കി പക്ഷെ വരാം താരിക്കും മഹാറാജ അതിന്റെ മഹർദി കിട്ടിയില്ല നീ അതിലേക്ക് നോക്കുന്നു ഓരോ നിയമാവലികൾ ഓരോ പ്രവർത്തനങ്ങൾ ഇങ്ങനെ നോക്കി എതിർക്കന്ന് നിരക്കുന്നു അല്ല മറ്റേ അംഗീകരിക്കുന്ന നിരക്കുമല്ല ഒരു ആക്കി നോക്കി അതിനെന്താക്കണം കിട്ടിയ തെവിനും ഒരു മഹറഥിയും കാണണം നോക്കുമ്പോഴൊക്കെ അതിലേക്ക് ഒരു മഹറതി കാണുന്നുല്ല എന്നാൽ വാജിബ് അവിടെ വാജിബെന്താ കൊണ്ട് ആ തവക്കപ്പ് അനുവ്യത ഇതല്ലാ മല്ല അത് അംഗീകരിക്കണം തവക്കപ്പാണ് വേണ്ടതെന്ന് നയിക്കാനോ അവർക്കായിക്കോട്ടെ മീൻ ജീവി മൈപ്പാതിയും അംഗീകരിക്കാൻ പറ്റുന്ന ആളന്നെ ആയിക്കോട്ടെ എന്നാണ് തവക്കു പവക്ക് വന്നത് അതെങ്ങനെയല്ല ഓറെ തണ്ടനാളായിക്കൊണ്ടല്ല മീനായി സ്വീകരിച്ചത് ഓറെ നമ്മളെ ആട്ടിപ്പായച്ചതൊന്നും അല്ല നമ്മുക്കൊക്കെ എടുക്കാൻ പിന്ന ഞാനാതന്നെ അമരമല്ലേ എത്ര ആള് പറയാൻ വേണ്ടിയിട്ടും അല്ല പിന്നെ തിരിപ്പം അദ്ദേഹം അതിനെ മടക്കൽ എങ്ങനെ നമുക്ക് തിരിയാത്തത് കൊണ്ട് നമ്മൾ തൽക്കാലം നിർത്തിവെച്ച് നേർന്നു കമാനായോ മറ്റുള്ളൊക്കെ തിരിഞ്ഞതുപോലെ ഇത് തിരിയുന്നില്ല മറ്റുള്ള പ്രത്യായ കാര്യങ്ങളൊക്കെ തിരിഞ്ഞതുപോലെ ഇത് തിരിയാത്തത് കൊണ്ടാണ് തൽക്കാലം നിർത്തിവെച്ചു നേർന്നു ഓറെ റദ്ദു ചെയ്തതോ ഓറെ പുച്ഛൻ പറഞ്ഞതല്ല ഞാനും അനപാത കലാവി പിന്നെ കൊറേ കലാവ് പറഞ്ഞോട് പറയുന്നു ൂടി വാജിബാണ് അവർ തീരുമാനിച്ചത് ചില കാര്യങ്ങളെ കൊണ്ട് അമൽ വേണ്ട എപ്പോൾ അബില്ലത്തിന്റെ അബില്ലത്തിനോട് അതിൽ ചിലപ്പോൾ ഉണ്ടാവാൻ പറയാനുള്ള അവസരത്തിൽ പലപ്പോഴും രീതികളോട് മാറണ കാണുന്നുണ്ടെങ്കിൽ അത് അമല ചെയ്യാതിരിക്കുക സ്വീകരിക്കില്ല ഉമ്മത്തല്ലേ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇപ്പൊ ചെറുപ്പം വേണ്ടാന്നാണോ സ്വീകരിക്കില്ല അതിന് അമലില്ലാണല്ലോ ഇന്നിവിടെ അത് ചെയ്യിക്കില്ലേ എന്നാൽ ചെയ്ത നെയ്യാ ചെയ്താൽ കവറുകളൊന്നും ചെയ്യാൻ കാര്യങ്ങൾ കാണാൻ പാടാൻ പോകാൻ അവിടെ ചെറുത്തുവച്ചിരുന്നു അത് ഇങ്ങനെ സാധ്യങ്ങളെ കണ്ടുകൊണ്ടാ സാറായി പണ്ടായ മുത്തരക്കായ് ചിഹ്നത്താതിട്ടില്ല അവർ ചെയ്യാത്ത മുത്തരക്കായ ചിഹ്നത്തല്ലേ അപ്പൊ അത് അതിന് താപിത്തായ ചിഹ്നത്തിന് റദ്ദീന്ന് അഴത്താൻ പാടാൻ ഉടക്കില്ലല്ലോ അവരോട് പൂതി മാങ്ങനും ഇതോടെ തിരികെ കയറ്റാൻ പാടില്ലാന്നല്ലാണ്ട് അതിന് തായിയായ ചിഹ്നത്തിന് റദ്ദെയ്യാൻ പറ്റുമോ എപ്പോ ആ താരി ആ വിഷയത്തിൽ അവിടെ ആസാറ് വില്ലത്തുക അവരെ അൻവാദ കൊണ്ട മൊത്തദികളാകുക എന്നതല്ലാതെ കണ്ട് ധീമിയായ മാറുക വന്ന കാര്യങ്ങളല്ല ഇത് ബാന്ന് പറഞ്ഞു അവരില്ല അപ്പൊ അവർ നൽകുന്നുണ്ടെന്നുമായി ശിരാസല്യ അഭിലത്തിനത്തൊക്കെ ഏതാണ്ട് കഴിഞ്ഞവർക്കെതിരെ വൈസമ്യമു അല തകരീതിയും കാര്യത്തിൽ പോലും തക്കലീതാക്കിയിട്ട് അതിന്റെ മേൽ തന്നെ കണ്ണും അടച്ചിട്ട് കൂടെ നാക്ക് എതിരായിക്കൊണ്ടാണ് ഞാൻ പറയുന്നത് ചിലരവിടെ മറ്റൊരു പക്ഷം എന്താ ഉള്ളത് എന്തൊന്നും നിരക്കുള്ള ശരീരം നോക്കിയേ ചെയ്യൂല നമ്മൾ കണ്ണടത്ത് തക്കല് ഇതാക്കും തനി അല്ലാതെ വന്നോ നിരക്കല്ല അത്തരം പാർട്ടിക്കാർക്ക് ഞാൻ ഈ മസാല പറയുന്നത് അങ്ങനെ കൂട്ടുന്നിപ്പുറം തള്ളിപ്പുറയൊന്നുമില്ല മസാല കൊറക്കാത്ത തള്ളിപ്പുറയും والله لنقت سرايته وللنار بسيته وصومته تضمه وترضوه وتحمدوا الله والله لنقت سرايته شرعيه دليل لل ولنار بسيته كيفيا يا عبد الله قالوا لقد جتي هنا هذا والله رضوه مصو بينتم تضمه ادني اعجبكم ان ادني مررتكم التقيدهم بما رايتم تقيدهم ان ورد ൊട്ട് അവഗണിക്കുകയും തക്കരീദ് പാടില്ലാത്ത വിഷയത്തിൽ കൂടെ അന്ധമായ തക്കരീദന അടിയറച്ച് നിൽക്കുക എന്നതിനെയും ആരെതിർക്കുന്നുണ്ട് തലീവുകളുമായി എതിരാണ് തോഫിയക്കും വളരെ സൂക്ഷ്മതയും ആഴത്തിലുള്ള ചിന്തയും മുറുകെ പിടിക്കുന്ന ആള് ആ ഈ വിലയിലൊക്കെ ഉണ്ട് താമസിക്കു സ്തംഭിച്ചു നിൽക്കുന്ന ആളാ ദീന അവന്റെ എറുതെന്താക്കി ശുഭാത്തിനത്തൊട്ട് രക്ഷപ്രാപിക്കപ്പെട്ട ആളുകളെ ശ്രമിക്കപ്പെടുന്നുണ്ട് ഞാൻ മുട്ടപത്തിൽ അന്ന മുട്ടപ്പത്തിൽ തീർന്നു ൂപ്പർ തപശീലാക്കിയ അഞ്ച് പത്തിനല്ലേ പറഞ്ഞ് അതിൽ ഒന്നാമത്തെ പത്തിന്റെ തപസീലെടുത്തു തോന്നുന്നു ആക്കടാണ് അക്കലോ അക്കലാരൻപറമ്പി പത്തിന്റെ അസലത്തിൽ അത് മൂപ്പര് അച്ഛനാക്കി പറഞ്ഞു പിന്നെ പറഞ്ഞു അപ്പൊ ഇതെന്തിന്റെ ബാക്കിയാണ് മബാദി എന്നൊന്നും ഇപ്പാധികം മുപ്പത്തിനാലാമത്തെ പേജിൽ പറയാൻ ബാക്കിയെല്ലാം മബാദിന്റെ അച്ഛലത്താ മുപ്പത്തിനാമത്തെ പേജി മൊഴിക്കും ിട്ട നാല് പത്തന്ന പറയേണ്ടത് നാല് ഉത്തൂരുകൾ ഇവിടെ പറഞ്ഞിട്ടുള്ളൂന്ന് പറഞ്ഞു നാല് ഉത്തരന്താ ഭാവി അത് അച്ഛനെ പറഞ്ഞ് വിളിച്ചെടുക്കാമെന്നല്ലേ പറഞ്ഞത് പറഞ്ഞത് ആരെ പറയുന്നു പറഞ്ഞു ആ രണ്ടാമത്തെ പത്തിന്റെണ്ട് അമ്മ സമീരത്തോ വസമുറത്തും നെന്തിക്കിരി പന്നിരിഹി അല്ല അങ്ങനെ അപ്പം രണ്ടെണ്ണം അവിടുന്ന് പിടിച്ചെടുക്ക രണ്ടെണ്ണം ഇപ്പൊ പിടിച്ചെടുക്കാന്ന് പറഞ്ഞു അപ്പൊ അമ്മൽ മോനോ വൽവാദിയോ പൈവനാണ് നെന്തിക്ക് അത്തരീഹീനാ പറഞ്ഞത് മോനോവും വാദിയും അതായത് ഇതിന്റെ ചർച്ചാ വിഷയം എന്താണെന്ന് ആരാണ് വെച്ചത് ഇതുകൂടെ പറഞ്ഞിട്ടില്ലാതെ അത്തിന് അറിയുമ്പോ പിടിച്ചെടുക്കാന്നാണ് അതാണ് കൊണ്ടേക്ക് നോക്ക് അപ്പൊ മോനോ ചർച്ചാ വിഷയം അതെങ്ങനെ അത് അത് മാരിപ്പത്താകൻ എങ്ങനെ അന്നാഹന്റെ നമുക്ക് എന്ത് മാരിപ്പത്തി എത്ര തതറി കിട്ടും അത് കിട്ടാൻ എന്താണ് മാർഗം ആ മാരിപ്പത്തിന്റെ ഭാഗത്തിൽ കൂടി അമ്മാത്രലല്ല ദാസിന് തന്തി എങ്ങനെ രണ്ട് തിപ്പാത്ത് എങ്ങനെ രണ്ടാണ് അബ്മാനങ്ങനാണ് അത് അത്തീരേ കാര്യം ിൽ ഈ നാത്ത് നമുക്ക് എത്രത്തോളം ആരിപത്തായി കിട്ടും എന്നുള്ള കത്തിയാ മഴവൂപ്പാകുന്ന എത്തിബാറിൽ കൂടി എത്ര കണ്ട് അമ്മാരെ മാധ്യമത്തിൽ വ്യത്മാക്കാൻ കഴിയും എന്നുള്ള എത്തിബാറിൽ കോടി മോബിലൊക്കെ വാദി ആരാണ് തന്നെ ഈ വഹിയാൻ ഇല്ലാമാരുണ്ട് ഇന്ന അദിന ഹദ്ദന്താ ദി താരീദു സിദു ഖുത്തബില്ലാഹി തആല മിൻ ഹയ്തു യർമാ ബിമാ യർമാ അല്ലാഹുനെ തോണുന്ന തവക്കുലിന സിദുക് അക്തന്തമാ തവക്കു അതലതു ദുകിതു അഫവാസ് ഫൈറ എന്ന് പറയും തവക്കുൽ ആ തവക്കുൽ ഗൈദൻ തന്നെ മിൻ ഹയ്തു യർമാ ബിമാ യർമാ മിൻ ഹയ്തു അല്ലാഹു വ ഇത്രദീന നിയ്യതുന്നൈ ഐറുന്നൂ ബിമാ യർമാ എന്ന് പറഞ്ഞാൽ സാനി അമല ചെയ്യുന്ന എന്നാരിക്കുന്നൂ അപ്പൊ അട്ടീരയും അതിന്റെ പോക്കും അതേ ശരിയാവണം എല്ലാം കഴിയും എന്താക്കാൻ ബീനുമില്ല അമലില്ല എത്ര ഫലവില്ല അതാ ഈ കാഞ്ചാം പേജിൽ നോക്കിയാൽ അതിന്റെ വിശദീകരണം കിട്ടും ഇറങ്ങാന്റെ വായു കൈദി നൂത്ര കൊടുത്ത കൈതന്നെ വരലെങ്കിൽ ഏകാളും അഞ്ചാം ബോളിൽ നോക്കിയാൽ കിട്ടും അത് ഞാൻ പറഞ്ഞാലേ പ്രഭൂജ് ചെയ്ത് കൊണ്ട് അങ്ങനെ ചെയ്യണം അക്കാരിച്ച് ഈ മാതി ഇസ്ലാമിന്റെ അഭിമാനോടൊണ്ട് അമലിക്കണം എന്നാലും പറഞ്ഞു അന്ന് കാഞ്ഞക്കത്താഴിഞ്ഞൂടിയാവുന്നല്ലേ പറഞ്ഞു അതിനഭിമാനമുള്ള അതിന്റെ പേരെന്താ എട്ടാമത്തെ പേരിയാത്തമുറിന്റെ എന്നാണ് പേര് ഇത് പിടിച്ചെടുത്താൽ തപാൽ നിന്നാണെന്ന് നിന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരിയു വാരിൽ ഇരായി ഇരവാർ വേദിക്ക് കച്ച കെട്ടി തയ്യാറാത്ത താല്പര്യം നിരക്ക് പൊപ്പുഹാറ്റിന് വേണ്ടി ഇനി ഇവിടെ തീർന്നു ഇവിടെ പത്തനം തീർന്നുണ്ടോ ഇതിനു ഭാര്യ അറിയുന്നു ചില വൈറ്റിൽ നിന്നാണ് അത് മൂപ്പറുണ്ടാക്കിയത് എന്റെ ആരോ വെച്ച് കെട്ടിയെന്ന് ഞാൻ ഒഴിവാക്കിയെന്നറിയില്ല വക്കന്ന് വക്കാത്ത അഭികാസിൽ കൂടുതലും തമത്തെ ഹാദിയിൽ മഹാനി ഞാനിപ്പം ഉൾക്കൊള്ളി വാദി മോനോ ഹത്ത് ഇതെന്നെ ഉൾക്കൊണ്ടിരിക്കുന്ന രീതിയിലുള്ള വഴി കാണുന്നുണ്ട് ം തോതി കിട്ടി അത് ഭൂരിപക്ഷം കാണാറില്ല മാത്രമല്ല വനൈസാനിഹ റൌനക്കും പതാപക്കും വിദുലമാനില്ലാവിനെ ഈ വീട്ടുണ്ടാക്കിയ ആൾക്കുള്ളത് പോലത്തെ ആ പൊതിപ്പുണ്ടല്ലോ ആ മൂപ്പറുണ്ടാക്കിയതായി തോന്നിക്കുന്നു അത് തോന്നുന്നില്ല വിട്ടുപെട്ടിയാൽ തോന്നുന്നു അതേ കിട്ടാൻ അവ രണ്ടു കഴികതല്ലാൻ പറഞ്ഞത് ഒന്ന് മുസ്തീഫിന്റെ ദാബാനെല്ലാം അത്തരം അത്ര ചോർക്കതിന് കണ്ടില്ല മറ്റൊന്ന് അധികം കോപ്പിയിലും ഇല്ലാതെ അതുകൊണ്ട് വലഅ ഇല്ലാതിൻ അത് കുറെ അധികമായി പോയതായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിംബാവിൽ കുത്തരാളുകൾ ചേർത്തത് അതിന തല്ലി കറിഞ്ഞിരിക്കുന്നു അതെല്ലാം പറഞ്ഞോളൂ അമ്മ ഇനി പവീരത്തെ രണ്ടാം പത്തിൽ കൂടി കിട്ടുമെന്നാ പറഞ്ഞോളത് അതാണ് പമ്മ പവീരത്ത് പാഷാറിയൽ പത്ത് രണ്ടാമത്തെ പത്തുക പവീരത്താ പറയാ ഇതിന്റെ മഹത്വം എന്താണ് അത് മറ്റുള്ള സമീപത്തിലേ പോരിച്ചു ഓരിച്ച മൊത്തത്തിലല്ലാതെ മൊത്തത്തിൽ തമ്മിൽ എല്ലാ ബുദ്ധിജീവികളും സംഭവിക്കുന്നുണ്ട് അവസാനം നമ്മൾ മനുഷ്യന്റെ ബുദ്ധി മൊത്തത്തിൽ സംഭവിക്കുന്നുണ്ട് ഒരു അവധി ആറോട് ആട് വന്നുകഴിഞ്ഞാൽ ഓടാൻ തുടങ്ങി ആടെ നാനാ കഴിക്കുന്നു കാണാൻ അട്ടവച്ചിട്ടു കണ്ണിനെല്ലാം പണ്ടെല്ലാം ഖേരിക്കുന്നതിനും കാണാനെ എന്തോ ഓർക്കുണ്ട് അത് മനുഷ്യന്റെ ബുദ്ധി അംഗീകരിക്കുന്നില്ല അക്കാര് من عملك الماء التي ضمنية إيجارات وتمśmy تابعات tonnes لدينا الإجتماع من ال暴يко الذي ماشاء кажется انسانية لا ت ؟ كان الحب العمر 여� lighthouse 큰 Practice إنه أن هذا القصير了吧 يحيض hanya الكلية قال نعم إن السلام <تسأل> عليكم قائبيا يقول مرسو hد قد ام بيننا وبعد ذلك من أنها فتاتف അതാവുണ്ടാ അതാ ആക്ച്വലി ആവുബിൻ നക്കലി അല്ലെങ്കിൽ കുഹാൻ അറിയുമ്പോൾ നെക്കല് കൊണ്ട് ഇന്ന പ്രബീലത്തുണ്ട് ആവുബിൻ സമര സിനിമ അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന നേട്ടം പുറമെ പ്രകടമാകരു കൊണ്ട്ത്താകാം അത് എനിക്ക് പറഞ്ഞു ഇപ്പോ ഒരു ജോലി ഈ ജോലിക്ക് സ്വബീരത്തുണ്ടോ ഇല്ലയോ നോക്കിയതിന് അതിന്റെ സമരത്വം ഈ മൂന്നാളൊന്നുകൊണ്ട് തീരുമാനിക്കാം ൾ ഉണ്ടാക്കുന്ന ഭക്ഷണം ഉണ്ടാക്കുന്നു അത് ജോലിയാ വേറൊരാള് പിന്നെ കൂട്ടുന്താക്കുകൾ ഉണ്ടാക്കില്ല അതിന് എന്നാൽ ആരെ ജോലിക്കാണ് കൂടുതൽ ഇവിടെ അക്കരെ കൊണ്ട് ആലോചിച്ചാൽ ഒന്നിനൊന്നും മുൻതോക്കിയില്ല എല്ലാം മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് പൊടിയില്ലെന്ന് പറയും അതൊരു നല്ലൊരു നോക്കിയാൽ കുറാണോ ആധീപനം ജോലിക്കുന്ന പൊണിയിലെത്തുന്നേ പറഞ്ഞതായി കാണുകയും ചെയ്യുന്നത് പിന്നെ മൂന്ന് സമർത്വം ഉണ്ടാകും സമരത്തിന്റെ ഭക്ഷണമുണ്ടാക്കുന്ന കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഒരു വസ്തു ഘടകമാണ് ഭക്ഷണം അത് പാകം ചെയ്ത് കഴിക്കുന്ന പറഞ്ഞ അവശ്യ വസ്തുവാണ് കൂട്ടുണ്ടാക്കലുണ്ടാക്കുന്ന സ്വത്ത് ഉണ്ടാക്കി അത് കാവൽക്കാരനും ഇല്ലെങ്കിൽ കാവൽ നിൽക്കാറുള്ളതിനാ ഉപാധി എന്നത് അവിടെ വരുന്നു അപ്പോൾ ഭക്ഷണത്തിനെ അപേക്ഷിച്ച് പണീനക്ക് സമറത്ത് കുറവാണ് കൊല്ലപ്പണിക്കൂന്ന് വരും അത് നൂറ് അതുപോലെ വേറൊരാള് തട്ടാനാണ് മറ്റൊരാളാരാണ് തുന്നപ്പണിക്കാരനുമാണ് നോക്കാം തട്ടാനില്ലേ തട്ടാനുവാണെങ്കിൽ ഇത് പറയാ നാം എങ്ങനത്തെ തന്നെ തട്ടാൻ എന്നുവെച്ചാൽ മറ്റൊരാളോ പൊന്നും തട്ടിരിക്കുന്നതാണ് പോന്ന പണി എന്താണെങ്കിൽ തട്ടാപ്പണിയാണ് വേറൊരാളോ പറയുന്ന ഇരിക്കുന്ന തുന്നപ്പണിയാണ് എന്ന് പറയും തുന്നപ്പണി കുറാനാക്കും കിട്ടില്ല നൂറ് തോറത്തു കൊണ്ടി ആകാം തുന്നപ്പണി എന്ന് പറഞ്ഞാൽ അവിടുത്തെ മറക്കാരനാണ് അവശ്യ വസ്തുവാണ് തുന്നപ്പണി എടുക്കുന്നത് തട്ടാണി പൊന്നില്ലാത്ത അവരുടെ ഇടാനുള്ള ഇതൊന്നും ഇല്ലാണ്ട് അരിവേദന പൊന്നിലെത്തുന്നു കാണാനില്ല അന്നലെ നോക്കിയിട്ട് തുന്നപ്പണിക്കാരാണ് പൊന്നിലെടുക്കുന്നത് അതേക്കാളും തട്ടാനിട്ടാണ് അങ്ങനെ പോവും ഇതേപോലെ തന്നെയാണ് മുഹൂർത്തം പറഞ്ഞത് ഇതുകൊണ്ടാരിക്കും മൂന്ന് കാര്യമാണ് ഈ മൂന്നുണ്ട് നമ്മുടെ പ്രസവത്തിനെ സംബന്ധിച്ച് പറയാറുണ്ട് ഉം കുഞ്ഞ പണിക്കന്നെ പോകു പിന്നെ കത്താനെന്തോ ജലിക്കാരനായിട്ട് തന്നെ പണക്കാരൻ്റെ ആ പാടത്തിന് അറിയിച്ചും അംഗീകരിച്ചില്ല അതായത് പുളിങ്ങും സാധാരണ അംഗീകരിച്ചിട്ടുണ്ട് ഈ പറയപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ആക്കനെ കൊണ്ട് പോകൂത്താവൽ നക്കനെ കൊണ്ട് പോകൂത്താവൽ നൂറ് തന്ത്രം കൊണ്ട് പൊങ്കൂത്താവൽ മൂന്ന് പൊരുമിച്ചുകൂടി ൂർണമായ രീതിയിൽ തന്നെ ഒരുമിച്ചുകൂടി ഓരോന്ന് തൊഴിൽ വശത്ത കണ്ടട ഓരോന്നോക്ക അച്ഛനുകൊണ്ട് അങ്ങനെ ആദ്യം അമ്മൂത്തും അച്ഛനുകൊണ്ടതിന്റെ ചെറുപ്പ് ബുദ്ധാൻ നോക്കി അച്ഛനെത്താക്കുന്നു ആ ഇരുമിനുള്ള സാധനം ഉണ്ടല്ലോ അതിന്റെ വാദി ആര് ബൗതും എന്ന് നോക്കിയിട്ടാണ് അതിന്റെ അച്ഛനോട് തീരുമാനിക്കുന്നത് ഇരുമു തസോപ്പിന്റെ വാദി ആരാണെന്ന് അതിന്റെ ഭൈവ ആദ്യ അസിലുണ്ടാക്കിയത് അള്ളാസ് മഹാന അതിന്റെ വാദിയാണ് ഇങ്ങനെ ജീവിക്കണം ഇങ്ങനെ ജീവിച്ചു കൂടാന്നാണ് ഇതിനുള്ള തസോപ്പിന്റെ ഭൈരവു രാവിലെ ഇന്നു ചെയ്യണം ഇന്ന ആദ്യ അരിക്കണം ഇന്നൊരക്കൂടാ ഭാവി അല്ലേ ആ അതൊക്കെ ചെയ്യാൻ ഉണക്ക് കിട്ടുന്ന മൗനുകൾ എന്താണ് അന്നാഹുവിന്റെ മാറി അന്നാഹു മൗനുകൾ ശരി ഐക്യത്തിൽ കൂടി അള്ളാഹുവിന്റെ ഈ കണ്ടു കൊണ്ട് മാറ്റിപ്പത്താക്കാൻ കഴിയും എന്ന് നെറ്റി പറയേ ഓണിക്ക് എന്തെല്ലോ നല്ല ചർച്ച ഒരു രാത്രി അനുകൂല ചർച്ച ഒന്ന് ഓണിക്ക് എന്തെല്ലാം വിഭാത്തുണ്ട് ആ രണ്ടു അസിമാരുടെ അതിൽ നിന്ന് ഏത് രീതിയിൽ എന്തെല്ലാം നമുക്ക് അറിയാൻ കഴിയും എന്തുള്ള നിലക്കാരും ആയുധത്തിന്റെ രാജ്യം കൂടിയാണ് തത്വത്തിൽ അല്ലാതെ വളർത്തുവരുന്നത് എത്തിപ്പാറുണ്ട് അത് അവാബിന്റെയും മധുവിന്റെയും ചർച്ചുകൊണ്ട് സാധനം ബുദ്ധം വക്ത തകമാ അബൂദൻ പറഞ്ഞിട്ടുണ്ട് അന്നവ موضوعാ ആദരിൽ ബി ഈ ഇൽമൻ ദ മോദൂഇ അല്ലാഹുൽ അലിയതു അല്ലാഹുൽ അലിയത ദാത്താനെ മോദൂഇ ഫകൈതി ദന്തൻ നൈതു ഹാദി മുതഹാ ദാത്തം അഫാത്തം വാസ്താദ വതഹല്ലു ക മുതഹഖ ഖാന മർ അല്ലാഹുൽ അലിയ ദാതിയപ്പെട്ടി അറിയേ ദിഫാതിയപ്പെട്ടി അറിയേ ലഫാലപ്പെട്ടി അറിയേ അവനസ്മാസ് ദിഫാതു കൊണ്ട് മുത്തസിഫൻ തസംഗുന്ന് എന്ന് പറഞ്ഞേ ഇതിപാട് കൂടിയാണോ അച്ചറപ്പ് അമ്മ അച്ചറപ്പാണ് അപ്പം അപ്പകലാണെന്ന് പറയേണ്ടതില്ലല്ലോ അപ്പൊ വാദിയുടെ കൂടി ഒക്കെ അപ്പൊ വാവി ഇതിന്റെ വാവി ആയാലാണ് ആ തങ്ങളാണിന്റെ വാദിയെ തങ്ങളാണല്ലോ ഇതിന് ഭൈരവ് നിർദ്ദേശിക്കുന്ന കാര്യം എന്നാ അന്നാന്ന് തന്നെ അന്നത് തന്നെ സ്വന്തമായിട്ടില്ലല്ലോ അമ്മ തങ്ങളാണെങ്കിലും അപ്പതരൊന്നും കർക്ക് ബില്ല ആദ്യമായി കൊണ്ട് അപ്പുതരും ആണ് വാദി എന്നും വന്നു ും മൗവായി അക്കൽ ബോധ്യപ്പെടുന്നു രണ്ട് അക്കലിന്റെ അക്കലുകളെല്ലാം കമാലാത്തിനെ അത് നന്നായി കണക്കാക്കുന്നുള്ളത്വന്ന് കേൾക്കുമ്പോൾ മനസ്സുകൊണ്ടുണ്ട നമ്മക്കില്ലാത്ത കമാലാത്തവിടെ എന്തോ സംഘടിപ്പിച്ചുണ്ടുന്നു കമാലാത്തിനെ അത് മെച്ചപ്പെടുത്തി കാണുന്നു സംശയമില്ല പിന്നെ രസകൊപ്പിനി ില്ലാലിന്റെ അമലാലും കമാലത്തിന് ശരി കൂട്ടി ഉറപ്പിക്കാൻ വേണ്ടി അതിന് അല്ലാതെ മറ്റൊരു ആവശ്യമില്ല അപ്പൊ എന്തായിന്നറിയോ വാങ്ങിയ നിലക്കും മൂന്ന നിലക്കും ഇതിന്റെ ലക്ഷ്യം വായ്പ ഉണ്ടല്ലോ ഇതിന്റെ വായന വേണ്ടി ചോദിച്ച ഉത്തരം അത് ആ നിലക്കും അച്ഛൻ സമ്മതിക്കുന്നുണ്ട് അത് അക്കായികളെ പരിപൂർണമാക്കണം അക്കായികളൊന്നുണ്ടാകും ചക്കനീത് കൊട്ടു ഇഷ്ടം നമുക്കാവും കൊടുത്തു അക്കുലി ചക്കി നമക്കാവുന്ന ഇവിടെ വരെ മാജിമത്തെ ആൺമത്താവും അപ്പൊ അക്കായി പരിപൂർണമാക്കൽ വള്ളിയൊക്കെ പൊട്ടു പിന്നെ ഗസ്റ്റുകളെ തുദ്യയാക്കുന്നു ധാരാളം എങ്കിലുണ്ടെങ്കിൽ അമയിലുണ്ടാകും ശുദ്ധമെന്നു മെച്ചപ്പെടുത്തലുമാണ് ഹാഡൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ് ഒക്കെ ഈ തസവിന്റെ ജുസഹീയാത്തി മസാരികളും അത് വളരെ ചെറുപ്പുള്ളതാണ് എന്ന് കിട്ടാബിലോണ്ട് സിദ്ധത്തിലോണ്ട് യജിമാലുണ്ട് അതിന്റെ മതി മറ്റൊന്നാം തോമസ് മഹബത്ത് ഇങ്ങനെ പലതും എല്ലാം ഇങ്ങനെ നാലാം ദിവസത്തിന്റെ കംപ്ലീറ്റ് തന്നെയാണല്ലോ പത്ത് ടോപ്പിക്ക് അപ്പൊ അതിനെല്ലാം ഇടങ്ങി മസൈലുകൾ സൗബോണ്ടിട്ട് സൗബ ചുക്കർ അതിന് ചുക്കർ എണ്ണീൻ ലൂടെ ക്ക്കർ എണ്ണീട്ടില്ല സബറ് സബർ ഒരാൾ തെണിയിട്ടില്ല അതിന് പകരം തെണിറ്റുണ്ടെന്ന് അറിയാം നമ്മുടെ തുമ്മീസ് വന്നിട്ടുണ്ട് അത് അപ്പുറം ഇല്ല അത് നീലിന്റെ അത്ര അത് പറയുന്നത് ഇതെല്ലാം കൊണ്ട് ഉണ്ടായിത്തീരുന്ന ആദ്യമാണെന്നാ ഉപറക്കു പിന്നെ സിതുക്കി തെണ്ണീന് സുഹുതെണ്ണീന് ദീനാ ദസീമ മഹമ്പത്ത് മൂന്നും കൂടി ഒന്നുണ്ട് മൊറാക്ക മോശാ ഒന്നിച്ചെണ്ണീന് വളരെ ഈ തക്കവാന്റെ ജിദ്ദാണ് തക്കവാന്റെ ജിദ്ദാണ് വളരെ പിന്നെ നിക്കുന്ന വിക്രമത്തിലുണ്ട് പത്തൊണ്ണയിൽ അപ്പായ പറഞ്ഞ രണ്ടെണ്ണാളൊക്കെ ഓർമ്മിട്ടുണ്ട് ഇതിലല്ല മഹത്വമുണ്ട് എന്ന് ഖുർആാനിന് എത്രയാത്ര തലത്ത് ആവർത്തിച്ചു പറയുക ഹദീദിനുണ്ട് ഹിജുമാരിലുണ്ട് ഞാൻ യാത്ര ആവശ്യം പറണ്ടല്ലോ ബക്കാലു റബി അള്ള പറയുന്നു പതായികളെ സംബന്ധിച്ച് ഞക്കലാ പറയുന്നത് ഞക്കല് ഖുർആാനുജുമാരുണ്ണി ഇതെന്തുവേണം മഹാന്മാര് പറഞ്ഞെടുക്കണേ ആ പറയുന്ന لاو نعلم ان بعثا من السماء اصرف من هذا العلم الذي الذي تكلم به ما بنا لا تعيت اليه ما قبل ولي المصير نعمل ان مرجنവെങ്കിൽ আজ্ঞাশতেরে താഴെയുള്ള আছরাফ মিন হাদাল ইলম এই ইলম নেকানা আছরাফ হয় ওണ്ട് নে আমরা নঙ্গিল এই ইলম নেকানা അല്ല നീ എത്തക്കല്ലും അമ്മി മാ സഹാബിന നമ്മളെ സഹാബിമാരോട് നമ്മൾ പ്രത്യേകം സംസാരിക്കുന്ന ഈ പത്തിനോടും നമ്മളെ കിട്ടൂത്തും തന്നെ ആണല്ലെങ്കിലും നമ്മുടെ വിശ്വം തന്നെയാണല്ലോ എന്തെങ്കിലും സഹായിത്തു ഇലേ ഞാൻ അവിടത്തേക്ക് ഓടി പോകുമായിരുന്നു മാ തപരോലൂ വാഹനം വർത്താവുന്ന സെറ്റേക്കെല്ലാം മഫയിത് വാഹനം അപ്പൊ കപ്പൽ കയറിയിട്ടോ ബ്രൽ പറഞ്ഞിട്ടോ ഞാൻ എത്തുമായിരുന്നു വലവു ഹൻ അത് ചന്ദീട്ട് നരകിയിലെങ്കിലും ഒളിയിക്കാൻ കഴിയാത്തപ്പോ ചന്ദീട്ട് നരകിട്ടെങ്കിൽ ഞാൻ എത്തുമായിരുന്നു എന്നാണ് അപ്പൊ അതിനകത്ത് അഷറഫി ഇല്ല എന്നാണ് ആ വാക്കിന്ന് അറിയിക്കുന്നത് അപ്പൊ ഇനി മറ്റൊരു എന്നൊരു കിതാബുണ്ട് ആ കിതാബിനുറവ് പറയുന്നത് وكل من اكبر عنه وتكلم فيه فهو النجم الذي لا يدرك والصحر الذي لا ينصف يقال تامض يجري قرنه وش عباره كتابின் பேருடா انمر குரோமி قرனது இதான் பாசில கட்ட வந்தா இருந்து அட பीडी দাও குல்லு ማን صدق بهذا العلم ايه ইলமு கொண்டு தற்றி காபி நமக்கு ഒന്നും தெரியல ഇനക്കുണ്ട് എന്നാ പറഞ്ഞു ഭർത്താ എന്തെല്ലോ ഉണ്ടോലും ഒരു കപ്പി ഒരു അംഗീകാരം എന്ന ഓരോ ആരാധി ഹാസ്യത്തിൽ കൊണ്ടുപോകും റാമനാഥിന്റെ വർത്തകം കേറി ഹാസ്യൻ കൊക്കുലും പങ്കിമു അത് ഒരാൾക്ക് തിരിഞ്ഞ്